തൻബലിയാൽപ്പാവികളെ രക്ഷിച്ചൊരു ദേവസുധ തിൻബലിയാലൻ കഷ്ടതമാച്ചോ ഒഴിക്കണമേ ഗോകുൽ തായിൽ തന്മാറുതുറം ഓരുത്തമനെ ദൈവ തിരുനാമത്തിന്റെ മഹത്വമുണ്ടാകട്ടെ തന്റെ പെരിയാൽ പാവികളെ രക്ഷിച്ച ദൈവസുധനായ യേശുവേ എന്റെ കർത്താവെ എന്റെ കഷ്ടതകളെല്ലാം നീ നീക്കണമേ എന്റെ ദൈവമേ എന്റെ വേദനകളെല്ലാം നീ ശമിപ്പിക്കണമേ എന്റെ നോവ് നീ ഒഴിവാക്കി തരണമേ കഷ്ടതമാച്ച് എന്റെ നോവ് ഒഴിവാക്കണമേ ഗോകുൽത്തായിൽ തിരുവിലാവ് തുറന്ന് ഉത്തമനായ മിസ്സിയാതമ്പുരാനെ നിന്റെ തിരുവിലാവിൽ നിഴകിയ ചോരയാലും നീരിനാലും എന്റെ ആന്തരിക ദാഹം നീ ശമിപ്പിക്കണമേ എന്റെ കഷ്ടത നീ മായ്ക്കണമേ എന്റെ വേദന നീ എനിക്ക് ഒഴിവാക്കി തരണമേ ഇതാണ് നമ്മുടെ ഹൃദയത്തിന്റെ ആഗ്രഹം വേദനകൾ നമുക്കെല്ലാം ഉണ്ട് കഷ്ടപ്പാടുകളുണ്ട് നമുക്കൊട്ടേറെ ആകുലങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ ഞാനിത് ആവർത്തിച്ച് പറയാൻ കാരണമുണ്ട് എന്ത് വേദനയുടെ കഥകളുമായിട്ടാണ് ഓരോരുത്തരും ഇരിക്കുന്നത് എന്ത് വീർപ്പുമുട്ടുന്ന അനുഭവത്തിലാണ് ഓരോരുത്തരും കഴിയുന്നത് ഒരിക്കലും സ്വസ്ഥതയില്ല ഒന്നല്ലെങ്കിലൊന്ന് സമാധാനത്തിന്റെ കണിക കിട്ടാതെ അഴലുന്ന ജീവിതങ്ങൾ അവിടെയാണ് യേശുവിന്റെ ആശ്വാസം വരുന്നു ഒടുവിലായി യേശു ക്രൂസിലയിലേക്ക് പോകുമ്പോൾ തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാര് പതിനൊന്ന് പേരെ കൂട്ടിയിരുത്തി പറഞ്ഞപ്പോൾ പറഞ്ഞത് സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു ഭൌതികമായി കർത്താവ് തിരികെ വരില്ല എന്നറിഞ്ഞുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് നീ എവിടെ പോകുന്നുവെന്ന് ചോദിച്ചപ്പോഴ് അത് ആകാംക്ഷയോടെ ചോദിച്ച അപ്പോസലിനോട് കർത്താവ് പറഞ്ഞത് ഇപ്പോൾ നിനക്കവിടെ ഒരു കാൻ കഴിയുകയില്ല എന്നാണ് നീ എങ്ങോട്ടാണ് കർത്താവ് പോകുന്നെന്ന് ചോദിച്ചു കാരണം അന്ത്യമൊഴികൾ പോലെയാണ് പറഞ്ഞത് സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത് നിങ്ങളുടെ ഹൃദയം കലങ്കരുത് ഭ്രമിക്കുകയും പ്രസംഗം അവസാനിപ്പിക്കുമ്പോൾ ആ പതിനൊന്ന് പേരോട് കർത്താവ് പറഞ്ഞത് എന്താണ് ഈ സമാധാനം നിങ്ങൾ വസിക്കേണ്ടതിനെ ഞാൻ നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവേൻ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു ഇവിടെ കഷ്ടപ്പാടില്ലെന്നല്ല കർത്താവ് പറഞ്ഞത് കഷ്ടപ്പാട് മാറ്റിത്തരാമെന്ന് കർത്താവ് പറഞ്ഞില്ല കഷ്ടമുണ്ട് എങ്കിലും നിങ്ങൾ ധൈര്യപ്പെടണം ഞാൻ ലോകത്തെ ജയിച്ചിട്ടുണ്ട് ദൈവത്തിന് സ്തോത്രം ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവേൻ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു ഈ സമാധാനം നിങ്ങൾക്ക് ലഭിക്കേണ്ടതിന് ഞാൻ ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു വേറെ ഒന്നിനല്ല ഞാൻ സംസാരിച്ചത് ഒടുവിലായി കർത്താവ് അന്ന് തന്റെ പ്രിയ ശിഷ്യന്മാര് പതിനൊന്ന് പേരോടും കർത്താവ് പറയുന്നത് നിങ്ങൾക്കെന്റെ സമാധാനം കിട്ടാനായിട്ടാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നതെന്നാണ് ഇന്ന് ഈ ഒടുവിലത്തെ ദിവസവും കരുണയുള്ള കർത്താവ് അതേ വാക്കുകളല്ലേ നമ്മോട് പറയുന്നത് നാം ഓരോരുത്തരും വിങ്ങുന്ന അനുഭവത്തിലിരിക്കുന്ന അങ്ങ് ഉരുകുന്ന അനുഭവത്തിലിരിക്കുന്ന നമ്മുടെ ഹൃദയത്തിലേക്ക് ആശ്വാസം തരാൻ യേശുവൻ നിൽക്കുന്നത് നാം ഉള്ളിലൊന്ന് ധ്യാനിക്കുകയും ചിന്തിക്കുകയും ചെയ്താൽ അതുതന്നെ ഒരു വലിയ അനുഭവമായിരിക്കും ഈ പ്രതിസന്ധികളും പ്രശ്നങ്ങളും യോഗങ്ങളും മരണങ്ങളും വേർപാടുകളും വിരഹങ്ങളും അനേകമനേകം വീർപ്പുമുട്ടിക്കുന്ന അനുഭവങ്ങളുമായി വലയുമ്പോൾ യേശുക്രിസ്തുവിന്റെ സാന്നിധ്യം നമുക്ക് ലഭിക്കുന്നത് ഒരു വലിയ ഭാഗ്യമാണത് വലിയ പദവിയാണ് അതാണ് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടത് എനിക്കും വേണം നിങ്ങൾക്കും വേണം ഇന്ന് പകല് അത് നമുക്ക് തരാനായി നമുക്ക് പ്രാർത്ഥിക്കാം അതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റൂ കർത്താവേ നിന്റെ സമാധാന എന്റെ ഹൃദയത്തിലേക്ക് നീ പകരണമേ എന്ന് നമ്മുടെ കൂട്ടായ്മ ഒരിക്കലും ഒരു അത്ഭുത പ്രവൃത്തികളുടെ പ്രകയെ പോകുന്ന കൂട്ടായ്മയല്ല വീര്യപ്രവൃത്തികൾക്ക് വേണ്ടി നാക്കാത്തിരിക്കുന്ന കൂട്ടായ്മയല്ല പക്ഷേ ജീവിതം ക്രിസ്തുവിന് സമർപ്പിച്ച് ജീവിതത്തിലെ പാവൊഴികളുടെ യാത്ര പറഞ്ഞ് യേശുക്രിസ്തുൻ രക്തത്താലുള്ള കഴുകൾ പ്രാപിച്ചു കഴിഞ്ഞാൽ പല പല ആത്മീയ അനുഭവങ്ങൾ വീര്യങ്ങൾ അത്ഭുത പ്രവൃത്തികൾ അവരിൽ ദൈവം ചെയ്യുന്നത് അനുഭവിക്കുന്ന അനേകമനേകം ആളുകളിവിടെ ഇരിപ്പുണ്ട് ഞാനിവിടെ ഇരുന്നപ്പോഴ് പെട്ടെന്ന് എന്റെ കണ്ണങ്ങോട്ട് പറഞ്ഞു അപ്പോഴാണ് അവിടെ ഇപ്പോഴി അവിടെ ഉണ്ടോ എന്ന് എനിക്കറിഞ്ഞു അവിടെ ഇരിക്കുന്നു പിഞ്ചു കയ്യിൽ വെച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് വിവാഹം കഴിഞ്ഞ് വർഷങ്ങളിൽ കഴിഞ്ഞിട്ടും കുഞ്ഞുങ്ങളുണ്ടാകാത്തതിൽ മനം തന്ത് ഹസ്ബൻഡും വരികയും പറയുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു കുഞ്ഞുങ്ങളുണ്ടാകുന്നില്ല പക്ഷേ ജീവിതം സമർപ്പിക്കാനാണ് പറഞ്ഞത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞില്ല ജീവിതം ക്രിസ്തുവിന് കൊടുക്ക് നിങ്ങളുടെ പാപങ്ങളെല്ലാം ഒന്നൊന്നായി ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ക്രിസ്തുവിന്റെ തിരക്തത്തായുള്ള കഴുകുകൾ പ്രാപിച്ച് സാത്താന്റെ പിടിയിൽ നിന്ന് മോചനം പ്രാപിക്കുക അപ്പോൾ നിത്യജീവം കിട്ടും പിന്നെ ഭൌതികമായി നിങ്ങൾക്ക് എന്തെല്ലാമാണ് ആവശ്യം അത് കർത്താവ് തരും അത് നിങ്ങൾ പറയുമ്പോഴല്ല പറയും പോലെയല്ല ദൈവം പറയുമ്പോലെ ദൈവം പറയുന്ന സമയത്ത് ദൈവം നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ തരും എന്നാണ് പറഞ്ഞുള്ളൂ ദൈവദിന സ്ത്രോത്രം ഇന്ന് ഇഞ്ചോമ കുഞ്ഞിനെയും കൊണ്ട് ഇവിടെ വന്നിരിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് നല്ല കൌതുകം തോന്നി ഞാന് ഒന്ന് ചോദിച്ചോട്ടെ പ്രാർത്ഥിച്ച് അങ്ങനെ ബന്ധനമഴിഞ്ഞതിനെ തുടർന്ന് അതുകൊണ്ട് ബന്ധനം അഴിഞ്ഞതുകൊണ്ട് മാത്രം അതുകൊണ്ട് മാത്രം കുഞ്ഞുങ്ങളെ കിട്ടിയവർ ഇവിടെ ഈ ഇവിടെ ഇരിക്കുന്ന ആരെല്ലാം ഉണ്ട് അവർ നെഴുന്നേര് നിൽക്കാം അവര് അവരെ ഒരു വലിയ സാക്ഷ്യം പറയുന്നതിനേക്കാൾ ശക്തിയായിരിക്കും അത് എന്ന് ഞാൻ കരുതുന്നു വെരി ഗുഡ് ദൈവത്തിന് സ്തോത്രം ദൈവത്തിന്റെ വലിയ നാമവും ബഹുത്തപ്പെടട്ടെ പ്രാർത്ഥിച്ച് ദൈവ സന്നിധിയിൽ ബന്ധനം അഴിഞ്ഞതിന് ശേഷം അതുകൊണ്ട് ബന്ധനം അഴിഞ്ഞതുകൊണ്ട് കർത്താവ് ബന്ധനം അഴിച്ചതുകൊണ്ട് തന്നെ ആ ഒരു കുഞ്ചോമജനെ കുഞ്ഞിനെ കൈയ്യിലെന്താൻ ഇടയായി ഇവിടെ നിൽക്കുന്ന അനിതയെനിക്ക് നല്ലപോലെ അറിയാം നമ്മുടെ ഇരുമ്പനത്ത് കരിയാച്ചറയിലുള്ള ജോർസാറിന്റെ മകളാണ് അനിത അനിതയുടെ ഹസ്ബൻഡ് അങ്ങ് ില് ഗൾഫ് കൺട്രീസിൽ ജോലി ചെയ്യുകയാണ് ദൈവത്തിന് സ്തോത്രം ഞങ്ങൾ അലൈൻസ് എന്നപ്പോൾ ഇവരുടെ വീട്ടിൽ താമസിക്കുകയൊക്കെ ചെയ്തതാണ് ദൈവത്തിന് സ്തോത്രം ദൈവം കരുണ ചെയ്തു വർഷങ്ങൾ വർഷങ്ങൾ കാത്തിരിപ്പ് ഒടുക്കം ഈ തോമസ് എന്നെ വിളിച്ച് ചോദിച്ചത് സാറേ ഡോക്ടേഴ്സ് പറയുന്നത് ഒരു ഒരു ടെസ്റ്റി ബേബി മാത്രമേ കിട്ടൂ അല്ലാതെ അത് മാത്രമേ ഇനി പരീക്ഷിക്കാനുള്ളൂ വേറെ ചാൻസ് ഇല്ല എന്നാണല്ലോ പറയുന്നതെന്ന് ഒന്നേ പറഞ്ഞുള്ളൂ നോക്ക് പ്രാർത്ഥിക്കാം നിങ്ങൾ ക്രിസ്തുവിനോട് നിൽക്കുകയെന്ന് പറഞ്ഞു സ്തോത്രം ദൈവത്തിന് സ്തോത്രം ദൈവത്തിന്റെ വലിയ നാമം മുഹത്തപ്പെടട്ടെ അവിടെ പിറയിൽ അനുഭവങ്ങൾ പറയാൻ തുടങ്ങിയാൽ കഥകൾ ധാരാളമുണ്ട് സ്തോത്രം ഇരിക്കെ ദൈവത്തിന്റെ വലിയ നാമം മുഹത്തപ്പെടട്ടെ ഈ പ്രിയപ്പെട്ട തമ്പി പറഞ്ഞു തമ്പി പറഞ്ഞത് എന്താണ് തമ്പി പറഞ്ഞത് ക്യാൻസർ രോഗം മാറിയെന്ന് ഡോക്ടർ ജോജിയും അത് തന്നെ പറഞ്ഞു എന്തെല്ലാം അത്ഭുതങ്ങളാണ് നമ്മുടെ ഇടയിൽ നടക്കുന്നത് എനിക്കറിയാം ഡോക്ടർ ജോജി ഇന്നലെ പ്രസംഗിച്ചല്ലോ ഡോക്ടർ ജോജി അനുഭവിക്കുന്ന വസ്തുതകളാണ് പറഞ്ഞത് നിങ്ങൾക്കറിയാമല്ലോ ഡോക്ടർ ജോജി ക്യാൻസറാണെന്ന് നിറഞ്ഞപ്പോൾ കരിഞ്ഞുകൊണ്ടാണ് വന്നത് ശരിക്കും വീർപ്പൂട്ടിയാണ് വന്നത് ദൈവത്തിന സ്തോത്രം സർജൻ ഈ ബയോപ്സി റിസൾട്ട് അത് അത് ക്യാൻസറിന്റേതാണ് എന്ന് അറിയിച്ചു കഴിഞ്ഞപ്പോൾ ഒരു നിലയില്ലാ കയത്തിൽ വീണ അനുഭവത്തിലാണ് വന്നത് ദൈവം കരുണെയ്ത് അന്ന് പാവങ്ങളെല്ലാം ഒരു ലജ്ജയും കൂടാതെ ഏറ്റുപറഞ്ഞ രക്ഷിക്കപ്പെട്ടൊരു വ്യക്തിയാണ് പ്രകടമായ പാവത്തിനൊന്നും പോയതുമില്ല പ്രകടമായ ഒരു പാവത്തിനും പോയിട്ടില്ല പക്ഷേ ഉള്ളത്തിലുള്ളതായ ഹൃദയത്തിലുള്ളതായ അനേകമനേകം തിന്മകൾ ഒരു ലജ്ജയും കൂടാതെ കുറഞ്ഞ പലരോടുണ്ടായിരുന്ന വഴക്കുകളും പിണക്കങ്ങളും വൈരാഗ്യങ്ങളും അതിൽ ലജ്ജ കൂടാതെ പറയുകയും ആഭ്യോജിക്കുകയും ചെയ്തു കർത്താവ് കൃപയാൽ സൌഖ്യം നൽകി ഒരിക്കലും കർത്താവ് കൊടുത്തൊരു വാക്ക് എന്റെ മനസ്സിലുണ്ട് ദൈവാത്മാവ് ജോജിയോട് പറഞ്ഞ ഒരു വാക്ക് ദീർഘായുസുണ്ട് ഞാൻ നിനക്ക് തൃപ്തി വരുത്തുമെന്നാണ് സ്ത്രോത്രം സ്വർഗ്ഗത്തിലെ ദൈവം എന്തെല്ലാമാണ് ചെയ്യുന്നത് ഇതുപോലെ മാരകമായ രോഗം ക്യാൻസറോ അല്ലെങ്കിൽ എയ്ഡ്സോ അതല്ലെങ്കിൽ ഭയങ്കരമായി ആസ്മയോ ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട ലാവിലെ ജോൺ പറഞ്ഞതുപോലെ ഭ്രാന്തോ അങ്ങനെയൊക്കെ ഉണ്ടായിട്ട് അത് മാറിയവര് ബന്ധനം അഴിഞ്ഞതോടുകൂടി തിരുവതിരം കേട്ടതോടുകൂടി അത് മാറിയവര് അങ്ങനെയുള്ളവർ എഴുന്നേറ്റിൽ നിൽക്കാമോ ദൈവത്തിന്റെ സ്തോത്രം അതെല്ലാം ഒരു സാക്ഷ്യമാണ് അതാണ് സാക്ഷ്യം നിങ്ങൾക്ക് ഇവിടെ സ്റ്റേജിൽ വന്നു പോ സാക്ഷ്യം പറയാൻ ഒത്തില്ല പക്ഷേ നിങ്ങൾക്ക് അവസരം കർത്താവ് തരികയാണ് ദൈവത്തിന്റെ സ്തോത്രം ദൈവത്തിന്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ ദൈവത്തിന് സ്തോത്രം ഇവിടെ ബീനയെനിക്ക് മുഖം കാണാൻ മനസ്സിലാകുന്നു ബീനയ്ക്ക് ക്യാൻസർ ആയിരുന്നു എറണാകുളം ലൂർത്ത് ഹോസ്പിറ്റലിൽ ഒരു സർജറി എല്ലാം വേണ്ടി വന്നു ദൈവം കർമ്മ ചെയ്തു ഇന്ന് യോളം നിർത്തി പുനർനാമത്തിന് സ്തോത്രം ബീന മോളോടുകൂടി അങ്ങ് സിംഗപ്പൂര് സിംഗപ്പൂരാണ് താമസിക്കുന്നത് ബീന ഒരു നാഷണലൈസ് ബാങ്കിലെ സിൻഡിക്കേറ്റ് ബാങ്കിലെ മാനേജരാണ് ദൈവത്തിന് സ്തോത്രം ദൈവത്തിന്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ പലരെയും പലരെയും എനിക്ക് മുഖം ഇവിടെ നോക്കിയാൽ തിരിച്ചറിയാൻ പറ്റില്ല ദൈവത്തിന്റെ സ്തോത്രം ദൈവത്തിന്റെ വലിയ നാമം മഹൂത്വപ്പെടട്ടെ ഇവിടെ മുമ്പ് നിൽക്കുന്ന ദാനിയലിന് എനിക്കറിയാം ദാനിയൽ എന്ന് പറഞ്ഞാൽ എന്താണ് എന്താണ് ദാനിയലിന്റെ രോഗം ഏത് രോഗമാണ് മാറിയത് അങ്ങോട്ട് കോടിയാ വേഗംബാ ദാനിയൽ ഇവിടെ സാക്ഷ്യം പറഞ്ഞതല്ലേ പക്ഷെ എങ്കിലൊരു അവസരം കൂടി കൊടുക്കുകയാണ് ദാനിയലിന്റെ രോഗം എന്ത് രോഗമാണ് മാറിയത് എന്ന് ദൈവത്തിന്റെ സ്തോത്രം ദൈവത്തിന്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ സ്ത്രോത്രം ദൈവദിനോ ദൈവദിന സ്തോത്രം വേണ്ടിട്ട് നട്ടലിൽ സ്പൈനൽ കോഡിൽ രോഗം ബാധിച്ച് ഇങ്ങനെ കിടന്ന കടപ്പിലായിപ്പോയ മനുഷ്യനാണ് ഓപ്പറേഷൻ കൊണ്ടുപോകാനും സാധ്യതയില്ലാന്ന് ഡോക്ടർമാർ പറഞ്ഞതാണ് എന്നാൽ എനിക്ക് കർത്താവിന്റെ ദാസന് മുമ്പാകെ കടന്നുവന്നു എന്റെ പറഞ്ഞു എന്റെ ജീവിതത്തെ കർത്താവിന് മുമ്പാകെ സമർപ്പിച്ചു സ്വർഗത്തിലെ ദൈവം അത്ഭുതകരം തൊട്ട് എന്റെ നടുവന്മയെ തലോടി എനിക്ക് സൌഖ്യം തന്നു കഴിഞ്ഞ ഒമ്പത് വർഷങ്ങളായി സ്വർഗത്തിലെ ദൈവനെ സൗഖ്യത്തോടെ നിർത്തിയിരിക്കുന്നു ഒരു കുഴപ്പമില്ലാതെ ഞാൻ ഓടി നടക്കുന്നു ദൈവത്തിന്റെ പുണ്യനാമത്തിന് സ്തോത്രം ദൈവദിന സ്തോത്രം ദൈവത്തിന്റെ വലിയ നാമം ഇവിടെ നിൽക്കുന്ന വേറെ എല്ലാരെല്ലാം എനിക്കറിയാം നമ്മുടെ ഡോക്ടർ കെ ജി പോലീസിന്റെ മോളാണ് കുഞ്ഞുമോ ഇവിടെ നിൽക്കുന്നു ദൈവദിന സ്തോത്രം മാരകമായ രോഗങ്ങൾ ബാധിച്ചു പലരും ദൈവത്തിന് കൃപയായ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു ദൈവത്തിന്റെ വലിയ നാമം മുഹത്തപ്പെടട്ടെ പാട്ടുപാടുന്ന സാലി ബാക്കിയുള്ളവരിലങ്കിരുന്ന് സാലി എന്ന് ഇവിടെ വന്ന രണ്ടു വാക്ക് പറയട്ടെ ഞാൻ അല്ലെങ്കിൽ തന്നെ ചിന്തിച്ചതാണ് സാലിയെ കൊണ്ടൊരു സാക്ഷ്യം പറയിപ്പിക്കണമെന്ന് സമയം കിട്ടാതെ പോയതുകൊണ്ടാണ് ദൈവത്തിന് സ്തോത്രം പറഞ്ഞു എന്തായിരുന്നു രോഗം അത് മാറിയുന്ന അതെങ്ങനെയാണ് അതാണ് പറയേണ്ടത് ദൈവത്തിന് സ്തോത്രം കഴിഞ്ഞ വർഷം ഈ സമയത്താണ് എന്റെ സർവിക്കൻ കഴുത്തിലുള്ള ഒരു പെർട്ടിബ്രയിൽ പ്രോബ്ലം വന്ന് ബ്രേക്കേജ് വന്ന് എനിക്ക് കൈകൊണ്ട് യാതൊരു ജോലിയും ചെയ്യാൻ പറ്റാത്ത തളർന്നു പോയിരുന്നു ദൈവത്തിനു സ്തോത്രം വീണ്ടും എംആർ സ്കാനെല്ലാം ചെയ്തു പക്ഷെ അയ്യോ രോഗത്തിന് യാതൊരു സൌഖ്യവും ഉണ്ടായിരുന്നില്ല എനിക്ക് ജോലിക്ക് പോകുവാൻ കഴിഞ്ഞില്ല ദൈവത്തിന് സ്തോത്ര എന്ന അതിനുശേഷം ദൈവദാസനെ വന്ന് കാണുകയും പ്രിയപ്പെട്ട് സാറിന്റെ അടുക്കൽ വന്ന് കൌൺസിലിംഗ് നടത്തുകയും അദ്ദേഹം എന്റെ ജീവിതത്തിലെ ചില വീഴ്ചകളെക്കുറിച്ച് എനിക്ക് ചൂണ്ടിക്കാണിച്ചു തരികയും എന്റെ ജീവിതത്തിൽ വന്ന പിന്മാറ്റങ്ങളും പരിശുദ്ധാത്മാവിനെതിരായി വന്ന ചിന്തകളും എന്റെ ജീവിതത്തിൽ അഹങ്കാരങ്ങളും അഹങ്കാരങ്ങളും ഒരു കാലത്തും ഒന്നുമില്ലാതിരുന്നെനിക്ക് എന്റെ ദൈവം എല്ലാം തന്നപ്പോ ഞാന മറന്ന് ജീവിച്ചു പോയതും എന്നും എനിക്ക് മനസ്സിലാക്കി തന്നു ഞാൻ എന്റെ പാപ എന്റെ ദൈവത്തോട് പറഞ്ഞു സവിശ്യത്തോട് ജീവിക്കാൻ എന്റെ ദൈവം എനിക്ക് ഭാഗ്യം തരുന്നു കൂടാതെ പൈരസിന്റെ അസുഖം വന്ന വളരെ കഷ്ടപ്പെട്ടു പോയൊരു വ്യക്തിയായിരുന്നു ഞാന് ആദ്യത്തെ ഡെലിവറിയോടുകൂടി എനിക്ക് രോഗം തുടങ്ങിയതാണ് എന്നാൽ രണ്ടാഴ്ചയോളം പ്ലീഡിംഗ് ആയിട്ട് എനിക്ക് എഴുന്നേറ്റ് നിൽക്കുവാൻ പോലും ശക്തിയില്ലാതെ ഒരു സെക്കൻഡ് സാറ്റർഡേ ഞാൻ ഫോണിൽ വന്നിരുന്നു ഓർക്കുന്നുണ്ട് ദൈവദാസൻ പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ എന്റെ വിഷയം എന്റെ ദൈവത്തിനോട് പറഞ്ഞു കർത്താവായ യേശുക്രിസ്തുണം എനിക്ക് സൗഖ്യം അംഗം പ്രിയപ്പെട്ടവര് ശക്തമായ പ്ലീഡിങ് ആ നിമിഷം തന്നെ നിലച്ചുപോയി ഒന്നര വർഷത്തോളമായി അതിൽ പിന്നെ ഇതുവരെയും എനിക്ക് അസുഖം വന്നിട്ടില്ല എന്റെ ദൈവത്തിന്റെ പൊന്നാമം മാത്രം മഹത്ത് ഞാൻ ഒരു കാര്യം മാത്രം എന്റെ ദൈവത്തിന് മുൻപാകെ ഏറ്റു ഇനിയുള്ള ആയിസ് എന്റെ യേശു വേണ്ടി ജീവിച്ച് വിശുദ്ധിയെ തികച്ച് വേലയെ എന്റെ കർത്താവിനൊരു മഹിമ കണ്ട സാക്ഷിയായി ജീവിക്കുവാൻ ഞാനും എന്റെ കുടുംബവുമോ ഞങ്ങളെ ഹോമി സേവിക്കുമ്പോ അവന്റെ പൊന്നുകറകളിലേക്ക് മുഴുവനായി ഞാൻ എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നു ജീവപര്യന്തം നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയിലെ അപേക്ഷിച്ചുകൊണ്ട് ഞാൻ സാക്ഷി നിർത്തുന്നു ദൈവനാമം മാത്രം മഹത്ത് സ്തോത്രം ദൈവത്തിന്റെ വലിയ നാമം മഹത്ത് പെടട്ടെ സ്തോത്രം അവസരം സമയമില്ലാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇതുപോലെ അനുഭവങ്ങൾ പറയിപ്പിക്കാൻ പറ്റും നമുക്ക് ഒരുമിച്ച് ഒന്നുകൂടെ ഞാൻ പാടാം ഒരുമിച്ച് ഒന്നുകൂടെ പാടാം ദൈവത്തിന് സ്തോത്രം ദൈവത്തിന് സ്തോത്രം ദൈവത്തിന് സ്തോത്രം ദൈവത്തിന് സ്ത്രം ദൈവത്തിന് സ്ത്രം ദൈവത്തിന് സ്തോത്രം ninum ennekkum alvari marayil kusil marichu uru alvari marayil kusil marichu uru rettaganus koatram ninum ennekkum ende rettaganus koatram ninum ennekkum aab ba bharathil -ba nee enne rakichu uru பாபபாரிக்கு என்னை रक्षிதూరు தெய்வத்தினு ஸ்தோத்திரம் பண்ணுமேக்கும் என்றே தெய்வத்தினு ஸ்தோத்திரம் பண்ணுமேக்கும் ஒவ்வொரு நாளும் என்னை பாரம் தூக்குന്നാ ஒவ்வொரு நாளும் என்னை பாரம் தூக்குന്നാ தெய்வத்தினு ஸ்தோத்திரம் இன்னும் என்னيكم என்ற தெய்வத்தின ஸ்தோத்திரம் இன்னும் என்னيكم شامகலத்தின் நேகேமாய் போற்றுனாம் شامகலத்தின் நேகேமாய் போற்றுனாம் தெய்வத்தின ஸ்தோத்திரம் இன்னும் என்னيكم என்ற தெய்வத்தின ஸ்தோத்திரம் Everyone takes care from each adult as a child. In everything that thickens their eyes, None means shower- pathogens, Mis culpa begging not for it. Ayahu presentation liquids Comes flowing ൈവസ്താക്രം ന്നോ എന്നേക്കും എന്റെ ദൈവ തീരുസ്ഥോകം ഹിന്നോ എന്നേക്കും ശത്രുക്കൾ മുൻപാകേ ഭേശുന്ന ശത്രുക്കൾ മുൻപാകേ ഭേശുന്ന ദൈവത്തീര സ്ഥാക്രം ഹിന്നോ എന്നേക്കും എന്റെ ദൈവ തീരു innu ennekk yogasaiyileen koodi irikkunna yogasaiyileen koodi irikkunna divathinu sthokam innu ennekkum ente divathinu sthokam ിന്നുംക്കും ദൃഷ്ടി എന്റെ മേൽവ് അച്ഷ്ടമായി നോക്കുന്ന ദൃഷ്ടി എന്റെ മേൽവ് അച്ഷ്ടമായി നോക്കുന്ന ദൈവത്തിനു സ്ത്രോത്രം ഭിന്നും എന്നും എന്റെ ദൈവത്തിനു സ്ത്രോത്രം ഭിന്നും എന്നും nullam irachooru divathinu stotram innum ennikkum ende divathinu stotram innum ennikkum aatmashaktiyale nullam irachooru aatmashaktiyale nullam irachooru divathinu stotram innum ennikkum ende divathinu stotram ഞങ്ങൾക്കല്ല യഹോവേ ല്ല നിന്റെ ഞങ്ങൾക്കല്ല യഹോവേ ഞങ്ങൾക്കല്ല നിന്റെ ദൈര്യം വിശ്വസ്തയും നിമിത്തം നിന്റെ നാമത്തിന് തന്നെ മഹത്വം വരുത്തേണമേ ഞങ്ങൾക്കല്ല യഹോവേ ഞങ്ങൾക്കല്ല നിന്റെ ദൈയും വിശ്വസ്തയും നിമിത്തം നിന്റെ നാമത്തിന് തന്നെ മഹത്വം വരുത്തേണമേ ഹലുയ ദൈവത്തിന് സ്തോത്രം കരുണയുള്ള കർത്താവേ നിന്റെ മക്കളിപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിന്നല്ലോ അപ്പാ ഈ മക്കൾ ഇവിടെ നിന്ന് ഇന്ന് പകൽക്കാലം ആശ്രവദിക്കണമേ പകൽ പോകുന്നവരുണ്ട് ഇന്ന് രാത്രി യോഗം കഴിഞ്ഞു പോകുന്നവരുണ്ട് ഇത്രയും ദിവസം വന്നിട്ട് പോയവരുണ്ട് എല്ലാവരെയും എന്റെ നാഥൻ കണ്ടല്ലോ നന്ദിയോടെ സ്തോത്രം ഈതിനമക്കളെല്ലാവണം തുടണമേ എല്ലാവരെയും അനുഗ്രഹിക്കണമേ തുടർന്ന് വചനം കേൾക്കാൻ ഞങ്ങളെ ഒരുക്കണമേ വചനം സ്വീകരിപ്പാൻ ഞങ്ങളെ ഒരുക്കണമേ കർത്താവേ ജീവനുള്ള ക്രിസ്തുവിനെ കാണാൻ ഞങ്ങളുടെ കണ്ണുകളെ തുറക്കണമേ ഞങ്ങളുടെ ഇടയിൽ അത്യുനം നിൽക്കുന്നത് അറിയുവാൻ ഞങ്ങൾ ക്രമതരണമേ യഹോ ഈ സ്ഥലത്തുണ്ട് സത്യം ഞാനോ അത് അറിഞ്ഞില്ല എന്ന് അന്ന് പറഞ്ഞതുപോലെ കർത്താവേ ഞങ്ങൾക്കും പറയാനിടയാക്കണമേ എന്നെ കാണുന്നവന് ഞാൻ ഇവിടെയും കണ്ടുവോ എന്ന് കർത്താവേ അന്ന് ഹാഗ പറഞ്ഞതുപോലെ ഞങ്ങൾക്കും പറയാനിടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ കാണുന്ന ദൈവമേ ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമേ പൂർവീക പരിശുദ്ധ പിതാക്കന്മാര് നടത്തിയ നിത്യനായ ദൈവമേ ഈ പാവപ്പെട്ട ഞങ്ങളെയും നടത്താൻ നാതായി കാലുകളിലൂടെ നിറങ്ങി വന്നിരിക്കുന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു അപ്പോ ഈ പ്രാവശ്യം കൺവെൻഷന് വന്ന ഒരു കുഞ്ഞുപോലും നിത്യനാശത്തിലേക്ക് പോകരുതേ എന്ന് യാചിക്കുന്നു നിത്യ അന്ധകാരത്തിലേക്ക് നീങ്ങരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും തുടരണമേ എല്ലവരെയും തലോടണമേ എല്ലവരുടെയും കണ്ണുനീര് തുടയ്ക്കണമേ ദുഃഖത്തിലിരിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ കർത്താവേ പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ടു പോയതിൽ മനം നൊന്ത് കഴിയുന്നവർക്ക് സമാധാനം കൊടുക്കണമേ അനാഥരത്താങ്ങണമേ അഗതികളെ രക്ഷിക്കണമേ അപ്പാ വിധമാരി അനുഗ്രഹിക്കണമേ അപ്പനില്ലാത്ത മക്കളെ പ്രത്യേകം കാണണമേ വിവാഹമോചനം കഴിഞ്ഞവരോട് മനസ്സലിയണമേ വിവാഹമോചനത്തിനുവേണ്ടി കാത്തിരിക്കുന്നവരെ കർത്താവേ നിന്റെ തണലും കീഴിൽ ചേർത്തണക്കണമേ എല്ലാവരെയും അനുഗ്രഹിക്കണമേ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ യാചിക്കുന്ന വിധാവേ ണമേ ദൈവത്തിന് യോഹന്നാൻ സ്നാപകനെ നാം പഠിക്കുന്നത് ഞാന് മിനിഞ്ഞാത്തെ ക്ലാസ്സിൽ പറഞ്ഞുവെച്ചത് ഇന്നലെ ഒരു പോയിന്റ് പറയാൻ പറ്റിയുള്ളൂ മിനിഞ്ഞാനത്തെ ക്ലാസിൽ പറഞ്ഞത് യോഹന്നാൻ ക്രിസ്തുവിനെ വെളിപ്പെടുത്തിയ അഞ്ച് വിധങ്ങൾ അഞ്ച് കാര്യങ്ങൾ ക്രിസ്തു ആരാണെന്ന് വെളിപ്പെടുത്തിയത് ഒന്നാമത്തെ കാര്യം ദൈവത്തിന്റെ കുഞ്ഞാടാണ് അതാണ് ഇന്നലെ നാം ചിന്തിച്ചത് പിന്നുള്ളത് തൊട്ടു തൊട്ട് പറയാം പിന്നെ നമുക്ക് ഇന്ന് ചിന്തിക്കേണ്ടത് സമയം കിട്ടുന്നതനുസരിച്ച് ഇന്ന് ചിന്തിക്കേണ്ടത് യോഹന്നൻ സ്നാവകൻ ഏലിയ പ്രവാചകന്റെ അതേ ആത്മാവോടുകൂടി വരുവെന്നല്ലേ നാം വേദവസ് വായിക്കുന്നത് ഏലിയ പ്രവാചകന്റെ അതേ ആത്മാവോടുകൂടി വരിക അപ്പൊ ഏലിയ പ്രവാചകനായിട്ടുള്ള സാദൃശ്യങ്ങൾ ഏലിയ പ്രവാചകനും യോഹനസ്നാവകനും തമ്മിലുള്ളതായ സാദൃശ്യങ്ങൾ മൂന്നാമത് നാം ചിന്തിക്കേണ്ടത് ഇങ്ങനെയെല്ലാമുള്ള യോഹന്നാന് ഒരബദ്ധം പറ്റി ഒരു സംശയമുണ്ടായി ക്രിസ്തുവിനെക്കുറിച്ച് സംശയമുണ്ടായി ഒരു ഇടർച്ച വന്നു ആത്മീയ ജീവിതത്തിൽ ഇടർച്ചകൾ വരാം ഭയപ്പെടണ്ട പക്ഷേ അത് ചോദിക്കേണ്ടതിന്റെ അടുക്കൽ ചോദിച്ച സംശയം തീർക്കണം യോഹനസ്നാവന സംശയം വന്നു ആ സംശയം അത് ഇടർച്ചയായി പോകാതെ യേശുവിന്റെ അടുക്കൽ തന്നെ അതിലുള്ള സംശയം നിവൃത്തി അങ്ങനെ അതുകൊണ്ട് സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹനനെക്കാൾ വലിയവൻ ആരുമില്ല എന്ന് സ്നാവകനെക്കുറിച്ച് കർത്താവ് സാക്ഷിക്കണിടയായി നാലാമത് നമുക്ക് ചിന്തിക്കാനുള്ളത് യോഹനൻ സ്നാവകന്റെ മരണം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിയത് എങ്ങനെ അതൊന്ന് സൂചിപ്പിച്ചതാണ് ഒരു ദിവസം സ്തോത്രം ഇതാണ് ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയത്തിന്റെ ഒരു രൂപരേഖ ദൈവത്തിന്റെ സ്തോത്രം ഒന്നാമതായിട്ട് ആ നാല് കാര്യങ്ങൾ വെളിപ്പെ അഞ്ച് കാര്യങ്ങളിൽ അടുത്ത നാല് കാര്യങ്ങൾ എന്തെല്ലാമാണ് ഒന്ന് ദൈവത്തിന്റെ കുഞ്ഞാട് രണ്ട് യോഹന്നതിനുശേഷം ഒന്നാം അധ്യായം മുപ്പത്തിനാലാം വാക്യം വായിക്കാം യോഹന്നൻ ഒന്നിന്റെ അങ്ങനെ ഞാൻ കാണുകയും ഇവൻ ദൈവപുത്രൻ തന്നെ പറുകയും ചെയ്തിരിക്കുന്നു യോഹന്ന യേശുവിനെ വെളിപ്പെടുത്തിയത് ദൈവപുത്രൻ എന്നാണ് ദൈവത്തിന്റെ പുത്രൻ ദൈവപുത്രൻ ഇന്ന് അനേകരം അനേകരം യേശുവിനെക്കുറിച്ച് ചിന്തിക്കുന്നത് യേശു ഒരു നല്ല മനുഷ്യനാണ് യേശു നല്ല സാൻമാർഗീയമായി നല്ല പ്രമാണമുള്ളൊരു മനുഷ്യനാണ് യേശു വളരെ നല്ല ഉപദേശം തരുന്നൊരു നല്ല റബ്ബിയാണ് ഒരു ഗുരുവാണ് യേശു നല്ല ഒരു ജന നേതാവാണ് മഹാത്മാഗാന്ധിയെപ്പോലെയോ ഇബ്രഹാം പോലെയോ ഉള്ള ഒരു വലിയ ജനസമൂഹത്തെ ആകർഷിക്കത്തക്കവണുള്ള സ്വാധീന ശക്തി ഉള്ള ഒരു നല്ല നേതാവാണ് ഇങ്ങനെയൊക്കെയാണ് യേശുവിനെ കുറിച്ച് ചിന്തിക്കുന്നുള്ളത് പക്ഷേ യേശുവിനെക്കുറിച്ച് യഥാർത്ഥമായ കാഴ്ചപ്പാട് എന്താണ് യേശു സാക്ഷാൽ ദൈവപുത്രൻ ദ സൺ ഓഫ് ഗോഡ് ദൈവത്തിന്റെ പുത്രൻ അത് യോഹനസ് നാവകൻ സാക്ഷീകരിച്ചു ദൈവത്തിന്റെ പുത്രൻ യഹോവാ സാക്ഷികളിലല്ലെങ്കിൽ റസൽമതക്കാരെന്ന് പറയുന്നവര് യേശു ഒരു നല്ല പ്രവാചകനാണെന്ന് പറയും പക്ഷെ ദൈവത്തിന്റെ പുത്രനാണെന്ന് അംഗീകരിക്കുകയില്ല സാക്ഷര ദൈവമാണെന്ന് അംഗീകരിക്കുകയില്ല അവർക്ക് യേശുക്രിസ്തു പക്ഷെ യഹോവിയായ ദൈവമുണ്ട് ഓരോ തരത്തിലുള്ള ഉപദേശങ്ങൾ ഈ ബൈബിളിന്റെ അടിസ്ഥലത്ത് തന്നെ അവരും പറയുന്നത് അവരും ചിലപ്പോൾ നമ്മുടെ വീടുകളിൽ വരികയും ചില പുസ്തകങ്ങളൊക്കെ നമുക്ക് തരികയും ചെയ്യും സൂക്ഷിക്കണം യേശുക്രിസ്തുവിനെ ദൈവമായിട്ട് അംഗീകരിക്കാത്ത ആരുമായും സംസാരിക്കുന്നത് പോലും സൂക്ഷിച്ചു വേണമെന്ന് വേദവസ്ഥൻ പറയുന്നുണ്ട് അങ്ങനെയുള്ളവരെ വീട്ടിൽ കൈക്കൊള്ളരുത് കുശലം പറയുകയും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ലോഹി പാടില്ല അവരെ വീട്ടിൽ കൈക്കൊള്ളരുത് ഈ ഉപദേശം കൊണ്ടല്ലാതെ ആരെങ്കിലും നിങ്ങൾ എടുക്കൽ വന്നാൽ അവനെ കൈക്കൊള്ളരുത് അവന് ചെയ്യരുത് അവന് കുശലം പറയുന്നവൻ അവന് ദുഷ്പ്രവൃത്തികൾക്ക് കൂട്ടാളിയല്ലോ ക്രിസ്തുവിന്റെ പേരിൽ ആണ് ഇന്ന് അനേകമനേകം ചിന്താധാരകൾ ഉരുത്തിരിഞ്ഞിട്ടുള്ളത് അനേകം കൂട്ടായ്മകൾ എല്ലാം ക്രിസ്തുവിന്റെ പേരില് ഒന്നാം നൂറ്റാണ്ടിൽ തന്നെ ഇതുണ്ടായിരുന്നു ക്രിസ്തുവിന്റെ വേലക്കാരിൽ തന്നെ ആ വേലയിൽ മുന്നോട്ട് വന്നവരിൽ തന്നെ ചിലര് മൃദലിപ്പുകാരായി മാറി അതാണ് യോഹന്നാന്റെ ലേഖനം മൂന്നാമത്തെ ലേഖനത്തിൽ കാണുന്ന ദിയത്ര ഫേസ് മൂന്നാമത്തെ ലേഖനത്തിൽ യോഹന്ന സ്നാവുകയല്ല ശിഷ്യനായ യോഹന്നാന്റെ പൊസുന്നായ യോഹന്നാന്റെ മൂന്നാമത്തെ ലേഖനത്തിൽ കാണാൻ ദിയത്ര ഫേഴ്സ് ദൈവത്തിന്റെ ജനത്തെ വഴിതെറ്റിക്കുന്നതിനായിത്തീർന്നു അവനും വേദപുസ്തകമാണ് ആധാരം വേദപുസ്തകം വെച്ചുകൊണ്ടാണ് അവനും പറയുന്നത് ദൈവത്തിന്റെ സ്തോത്രം രണ്ടാമത്തെ ലേഖനത്തിലാണ് യോജന എഴുതിയ രണ്ടാമത്തെ ലേഖനത്തിലാണ് സ്നേഹത്തിനെ എപ്രസം പറയുന്നത് ഈ ഉപദേശം കൊണ്ടല്ലാതെ ആരെങ്കിലും നിങ്ങളെടുക്കൽ വന്നാൽ അവന് വീട്ടിൽ കൈക്കൊള്ളരുത് അവന് കുശലം പറയുകയും ചെയ്യരുത് അവന് കുശലം പറയുന്നവൻ അവന്റെ ദുഷ്പ്രവർത്തികൾക്ക് കൂട്ടാളിയല്ലോ തായ നമ്മുടെ ഓരോരുത്തരുടെയും ഈ കൂട്ടായ്മയിൽ കൂടി കിട്ടിയിരിക്കുന്നതായ ഒരു സത്യോപദേശമുണ്ട് അത് ക്രിസ്തുവാണ് ആ ക്രിസ്തുവിനെ ദൈവമായിട്ട് അംഗീകരിക്കാതെ അഥവാ ചില ചടങ്ങുകളിലേക്കോ ഏതെങ്കിലും തരത്തിലുള്ളതായ ചില ആചാരങ്ങളിലേക്കോ നിങ്ങൾ വലിച്ചഴിക്കുന്ന ഏതൊരുതരം ചിന്താഗതിയായിട്ട് അരുവന്നാലും അതൊന്നും നിങ്ങൾ കൈക്കൊള്ളരു കൈക്കൊള്ളരുത് അത് കേൾക്കാൻ പോലും നിന്നുകൊടുക്കരുത് ആ ദൈവവേചന അല്ലേ പറയുന്നത് നമുക്ക് കേൾക്കാം എന്ന് വിചാരിക്കരുത് ദൈവവേചനത്തിൽ മായം ചേർത്ത് പറയും സൂക്ഷിക്കുക അതുകൊണ്ട് ക്രിസ്തുവിനെ ദൈവപുത്രനായി കാണുക സാക്ഷാൽ ദൈവമായി കാണുക പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് പലർക്കും പിടിയിട്ടാത്തൊരു വിഷയമാണത് തൃത്വം നമ്മുടെ പരിശുദ്ധാത്മാവ് എന്നുള്ള പുസ്തകത്തിൽ അത് വിശദീകരിച്ചിട്ടുണ്ട് നിങ്ങൾ ആ പുസ്തകങ്ങളൊക്കെ വായിക്കുന്നുണ്ടെന്നാണ് എന്റെ ധാരണ ഇന്നലെ ഡോക്ടർ കെ ടി പോലീസ് ഇപ്പോൾ അനൌൺസ് ചെയ്ത് പറഞ്ഞപ്പോൾ പറഞ്ഞതുപോലെ നമ്മുടെ പുസ്തകങ്ങളിലെ ഓരോ കോപ്പി നിങ്ങളുടെ വീട്ടിലുണ്ടായിരിക്കണം നിങ്ങൾക്ക് സ്വന്തമായിട്ട് വാങ്ങാൻ കഴിയില്ലെങ്കിൽ അത് സൗജന്യമായി തരാം കുഴപ്പമില്ല നിങ്ങൾ വിഷമിക്കണ്ട സൗജന്യമായി തരാം നിങ്ങൾ സ്വന്തമായി വാങ്ങാൻ കഴിയില്ലാത്തവർക്ക് പ്രിയപ്പെട്ടവരെ ഞാൻ പറയട്ടെ ആ ഓരോ പുസ്തകവും നിങ്ങളുടെ വീട്ടിലുള്ളത് നല്ലതാണ് പരിശുദ്ധാത്മാവ് എന്നുള്ള പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് പിതാവ് പുത്രം പരിശുദ്ധാത്മാവ് അപ്പോൾ അത് അത് ഈ തൃത്വം എന്ന് പറയുന്നത് അതെങ്ങനെയാണ് ഏകദൈവം എന്ന് പറയുന്നത് പലർക്കും പിടികിട്ടുന്നില്ല സൂര്യനെ നിങ്ങൾ നോക്കുന്നു സൂര്യനവിടെ ഉദിച്ചു നിൽക്കുന്നു സൂര്യൻ ആ സൂര്യന് വെളിച്ചമുണ്ട് സൂര്യന്റെ വെളിച്ചം ആ സൂര്യന് ആ വെളിച്ചം പകരുന്നതിൽ ഉപാധിയുണ്ട് അത് സൂര്യന്റെ രശ്മി ആ സൂര്യന്റെ രശ്മിയിൽ കൂടി വെളിച്ചം പകരുമ്പോൾ ഒപ്പം പകരുന്നു മറ്റൊന്നുണ്ട് അത് ചൂട് അതുകൊണ്ട് സൂര്യനിൽ നിന്ന് മാറി വെളിച്ചത്തെയോ സൂര്യനിൽ നിന്ന് മാറി രശ്മിയെയോ സൂര്യനിൽ നിന്ന് മാറി ചൂടിനെയോ നമുക്ക് തിരിക്കാൻ പറ്റില്ല സൂര്യനെന്ന് പറഞ്ഞാൽ വെളിച്ചവുമുണ്ട് ചൂടുമുണ്ട് രശ്മിയുമുണ്ട് ഇത് മൂന്നും ഒന്ന് തന്നെയാണ് എന്നാൽ അത് മൂന്നാണ് രശ്മി വേറിട്ടതാണ് ചൂട് വേറിട്ടതാണ് വെളിച്ചം വേറിട്ടതാണ് ഇറ്റ്സ് എ ഡിഫറെന്റ് പക്ഷേ അത് ആസിറ്റീസ് അതെല്ലാം ഒന്നാണ് മനസ്സിലായോ ഏറ്റവും എളുപ്പമുള്ളൊരു ഉദാഹരണം ഞാൻ പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല നിങ്ങൾ പെപ്പർ നിങ്ങൾ നമ്മുടെ പുസ്തകങ്ങൾ വായിച്ചാൽ തന്നെ കുറെ ഏറെ കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും മനസ്സിലാകും ഇനി അഥവാ എന്നിട്ടും മനസ്സിലാകുന്നില്ലെങ്കിൽ നിങ്ങൾ ദയവായിട്ട് പ്രശുദ്ധ മനസാക്ഷിയോടെ ഏതെങ്കിലും അറിവുള്ള ഒരു ദൈവം ചോദിക്കുക ചോദിക്കാൻ പോകുമ്പോഴാണ് അപകടം വരുന്നത് അത് ശരിയായ വഴിയിൽ നിങ്ങൾ ഡയറക്റ്റ് നിങ്ങളെ നയിക്കാൻ പറ്റിയ ആളല്ലെങ്കിൽ നിങ്ങളെ അപകടത്തിലേക്ക് നയിക്കും അനർത്ഥത്തിലേക്ക് നയിക്കും വേറെ വലിയ ചിന്താ കുഴപ്പങ്ങളിലേക്കോ ഡോക്ടർണൽ ഡിഫറൻസിലേക്കോ നയിക്കും ഡോക്ടർണൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഉപദേശപ്രസുകളിലേക്ക് നയിക്കും അതിനിട അതുകൊണ്ട് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ദൈവമക്കൾ ആരെയെങ്കിലും നിങ്ങൾ സ്വന്തം സമീപിച്ച് നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാം പിന്നെ എന്തിനു സംശയം ആകെ ഒരു വിഷയം പഠിച്ചാ എന്താ പഠിക്കേണ്ടത് ഞാൻ ഒരു പാവി യേശു രക്ഷകൻ രക്ഷകനായ യേശു കുരിശിൽ മരിച്ചതുകൊണ്ട് എന്റെ പാവത്തിന് പരിഹാരമായി യേശു ഇന്നും ജീവിക്കുന്നു എന്റെ സങ്കടം മാറ്റാൻ യേശു വീണ്ടും വരും എന്നെ സ്വർഗത്തിൽ ചേർക്കാൻ മതി വിശ്വാസത്രേം മതി വേറെ വലിയ വിശ്വാസമൊന്നും വേണ്ട വളരെ ലളിതം ഞാനൊരു പാവി യേശു രക്ഷകൻ എന്റെ പാപത്തിന് പരിഹാരമായി യേശു ക്രൂസിൽ ശിക്ഷയേറ്റി മരിച്ചു അത് ഞാൻ വിശ്വസിക്കുമ്പോൾ എനിക്ക് പാവം കൂടാതെ ജീവിക്കാനുള്ള കൃപയും ജയജീവിതവും ക്രിസ്തു തരും യേശു ഇന്ന് ഉയർത്തുന്നതിൽ ജീവിക്കുന്നു ഞാൻ കരയുമ്പോൾ എന്റെ കണ്ണുനീര് മാറ്റാൻ എന്റെ കണ്ണുനീര് തുടയ്ക്കാൻ എന്റെ ദുഃഖം മാറ്റാൻ എന്റെ ഭാരം മാറ്റാൻ ഈ യേശു വീണ്ടും വരുമ്പോൾ വിശുദ്ധമായ നിരയിൽ എന്നെ ചേർക്കും അതുകൊണ്ട് എനിക്കൊരു വിശുദ്ധനായി ജീവിക്കണം വേറെ വിശ്വാസമൊന്നുമില്ല ആകെ ഇതേ പറയാനുള്ളൂ ഇതേ പഠിക്കാനുള്ളൂ യോഹന്ന സ്നകന്റെ ആ യേശുക്രിസ്തുനെ കുറിച്ചുള്ളതായ കാഴ്ചപ്പാട് യേശു ദൈവപൂത്രൻ എന്നുള്ളതായിരുന്നു ഒന്ന് ദൈവത്തിന്റെ കുഞ്ഞാട് രണ്ട് ദൈവോത്രൻ മൂന്ന് യേശു ആത്മാവിൽ സ്നാനം ഒന്ന് യോഹന്നാൻ ഒന്നാം അധ്യായം മുപ്പത്തിമൂന്നാം വാക്യം വായിക്കാം ഒന്നിന്റെ ഞാനോ അവനെ അറിഞ്ഞില്ല എങ്കിലും വെള്ളത്തിൽ സ്നാനം കഴിപ്പിപ്പാൻ എന്നെ അയച്ചവൻ എന്നോട് ആരുടെ മേൽ ആത്മാവിറങ്ങുന്നതും വസിക്കുന്നതും നീ കാണുമോ അവൻ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കുന്നവനാകുന്നു എന്ന് പറഞ്ഞു അവൻ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കുന്നവനാകുന്നു പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കുന്നവൻ പ്രിയപ്പെട്ടവരെ യേശു ക്രിസ്തുവിന് യോഹനസ്നാവുവിന്റെ അടുക്കിൽ വന്ന് ഒരു സ്നാനം ഏൽക്കേണ്ടി ആവശ്യമില്ല നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാകും യേശു മുപ്പതാമത് വയസ്സല്ലേ സ്നാനമേറ്റത് അതുകൊണ്ട് നാം പ്രായമായിട്ട് സ്നാനം നിൽക്കണമെന്ന് എന്തോ ഒരു വലിയ വെട്ടിത്തവണ പറയുന്നറിയാമോ എന്താ കാരണം യേശുവിന് മാനസാന്തര സ്നാനം ആവശ്യമാണോ സാക്ഷാത് ദൈവത്തിന് മാനസാന്തരം വേണോ പിന്നെന്താ യോനസ്ഥാന മാനസാന്തര സ്ഥാനം അല്ലേ നടത്തിയത് എന്താണ് അതിന്റെ അർത്ഥം എന്താണതിൽ നാം മനസ്സിലാക്കുന്നത് യേശുക്രിസ്തു അന്ന് ആ സ്നാനമേറ്റ സമയത്ത് പിതൃപുത്ര പരിശുദ്ധാത്മാവ് ത്രിയേക ദൈവം അവിടെ ലോകത്തിനുമുമ്പിൽ വെളിപ്പെടുകയാണ് ചെയ്തത് പിതാവിന്റെ ശബ്ദം മുഴങ്ങുന്നു പിതാവ് പരിശുദ്ധാത്മാവ് പ്രാവ് പോലെ പറന്നു വരുന്നു പരിശുദ്ധാത്മാവ് പുത്രൻ വെള്ളത്തിൽ നിൽക്കുന്നു പരിശുദ്ധാത്മാവ് വെളിപ്പെടുന്നു അതുകൊണ്ടാണ് ഉദയം ക്രിസ്തു പരിശുഷയ്ക്ക് വേണ്ടി ഉദിക്കുകയായിരുന്നു അന്ന് അത് അന്നത്തെ സമൂഹത്തിൽ ഒരു വലിയ താമസശ്രേഷ്ഠനായ യോഹന്നാൻ അത് ലോകത്തിന് കാണിച്ചു കൊടുക്കുക ഇതാ ലോകത്തിന്റെ ഭാഗത്ത് ചെന്നു വഴി ദൈവത്തിന്റെ കുഞ്ഞാണ് യോഹന്ന സാക്ഷിക്കുന്നു യോഹനന്റെ യോഹന സീഹ എഴുതിയ ലേഖനത്തിലെ ഒന്നാമത്തെ ലേഖനം അഞ്ചാം അധ്യായം അയക്കുമ്പോൾ കാണാം സാക്ഷ്യം പറയുന്നവർ മൂവരുണ്ടായെന്ന് കാണാം ആത്മാവ് ജലം രക്തം അപ്പൊ എക്സ്പ്ലെയിൻ ചെയ്യുന്ന നേരമില്ല അവിടെ യോഹന്ന സ്നാവകൻ സാക്ഷിക്കുകയായിരുന്നു ഇതാണ് ലോകത്തിന്റെ ഭാവത്തിൽ ചോദിക്ക് ദൈവത്തിന് കുഞ്ഞാട് എന്ന് ലോകത്തിൽ പരിശുഷയ്ക്ക് വേണ്ടി ക്രിസ്തു ഇറങ്ങുമ്പോൾ ലോകത്തിന് ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുകയായിരുന്നത് അതിനുള്ളൊരു വേദിയായിരുന്നു അത് അല്ലാതെ യേശുവിന് മാനസാന്തരം ആവശ്യമുണ്ടായിരുന്നില്ല മാനസാന്തരത്തിന് സ്നാനം ആവശ്യമുണ്ടായിരുന്നില്ല കാരണം ഞാൻ നിങ്ങളെ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു എന്റെ പിന്നാലെ വരുന്നവനോ നിങ്ങളെ ആത്മാവിലും അഗ്നിയിലും സ്നാനം കഴിപ്പിക്കും ആത്മാവിന്റെ സ്നാനം പരിശുദ്ധാത്മ നിറവ് പരിശുദ്ധാത്മ അഭിഷേകം ആത്മാവിന്റെ അഭിഷേകം തരുന്നതിനാണ് ക്രിസ്തു ആത്മസ്നാനം തരുന്നതിനാണ് ക്രിസ്തു നമ്മളെല്ലാവരും സ്നാനപ്പെടണമെന്ന് ഞാൻ പറയും എന്താണ് സ്നാനം വെള്ളത്തിലുള്ള സ്നാനമല്ല അത് മുഹമ്മദ് സായി ലേറ്റുകഴിഞ്ഞല്ലോ പിന്നെ എന്താണ് സ്നാനം ആത്മസ്നാനം വേണം ആത്മാവിന്റെ അഭിഷേകം വേണം അത് അന്യഭാഷ കൊണ്ട് വെളിപ്പെടുന്നതല്ല അത് ദർശനം കണ്ട് കാണിക്കുന്നതല്ല അല്ല ആത്മാവിന്റെ നിറവ് സ്നേഹത്തിന്റെ നിറവാണ് അത് യേശുവിന്റെ സ്വഭാവത്തിന്റെ നിറവാണ് യേശുവിന്റെ അതേ സ്വഭാവം കിട്ടുക യേശുവിന്റെ അതേ സ്നേഹം കിട്ടുക യേശുവിന്റെ അതേ നൈർമല്യം കിട്ടുക അത് യേശുവിന്റെ അതേ ഇമേജ് ആകുക യേശുവിന്റെ അതേ റിഫ്ലക്ഷൻ ആകുക യേശുവിന്റെ അതേ അതേ പ്രതിഫലനമാകുക കണ്ണാടിവിൽ നമ്മെ തന്നെ കാണിക്കുന്നത് യേശുവിനെ തമ്മിൽ കൂടി കാണുക പ്രിയപ്പെട്ടവരെ ആദ്യത്തെ ദിവസമാണെന്ന് തോന്നുന്നു പറഞ്ഞില്ലേ യേശുവിനെ കാണുമാൻ ആഗ്രഹിക്കുന്നു യേശു എങ്ങനെയുള്ളവെന്ന് കാണുമാൻ ശ്രമിക്കുന്നവരുടെ മുമ്പിൽ യേശു ഇങ്ങനെയുള്ളവനെന്ന് തെളിയിച്ചു കൊണ്ട് യേശുവിന്റെ സ്വഭാവം ഇന്നത എന്ന് എന്റെ സ്വന്തം ജീവിതത്തിൽ കൂടി കാണിച്ചുകൊണ്ട് ഞാൻ ഇന്നുമുതൽ യേശുവിന്റെ അതേ സ്വഭാവത്തോടെ ജീവിക്കും അന്നൊരിക്കലും നമ്മുടെ വേദാ സമയത്തിൽ സ്ത്രീകളുടെ പ്രതിജ്ഞയാണത് എന്താണ് പ്രതിജ്ഞ യേശു എങ്ങനെയുള്ളവനെന്ന് കാണമാൻ ശ്രമിക്കുന്നവരുടെ മുൻപിൽ യേശു ഇങ്ങനെയുള്ളവനെന്ന് എന്റെ ജീവിതം തെളിയിച്ചുകൊണ്ട് ഞാൻ ഇന്നുമുതൽ ഒരു പുതിയ മനുഷ്യനായി ജീവിക്കും ഞാൻ പുതിയ സൃഷ്ടിയായി ജീവിക്കും സ്തോത്രം ഈ യേശു എങ്ങനെയുള്ളവർ കാണുവാൻ ശ്രമിക്കുന്നതിന് മുമ്പിൽ ഞാൻ ഇങ്ങനെയുള്ളവനാണ് യേശു എന്ന് സ്വന്തം ജീവിതം കൊണ്ട് കാണിച്ചു കൊടുക്കണം സ്തോത്രം എന്റെ കർത്താവിന്റെ വലിയ നാമം മോഹർത്തപ്പെടട്ടെ സഹോദരങ്ങളെ ഇതൊക്കെ കേട്ടുവിട്ടു പോയപ്പോൾ വരാ നിങ്ങൾ ഓരോന്ന് കേൾക്കുമ്പോഴ് നിങ്ങൾ മുത്തുമണികൾ പോലെ പെറുക്കിയെടുത്ത് അനുഭവത്തിലാക്കണം നിങ്ങൾ അപ്പോഴെപ്പോൾ ഭക്ഷണം തുടങ്ങണം എന്തു ഭക്ഷണം ആത്മാവിന്റെ മന്ന അഭക്ഷിക്കണം കർത്താവെ ഈ നിമിഷം മുതല് ഞാനും തീരുമാനിക്കുകയാണ് യേശുവിന്റെ അതേ ഛായയായി ഞാൻ നിൽക്കും ആ അതേ ഛായ പ്രാപിക്കുന്നതാണ് ആത്മാവിന്റെ അഭിഷേകം അല്ലാതെ അന്യഭാഷ പറയുന്നതല്ല അന്യഭാഷ ഒരാൾ കിട്ടുകയാണോ ഉടയം വരാൻ നല്ലത് പിശാചും തരും ദൈവം രോഗശാന്തി തരും പിശാചും തരും രോഗശാന്തി ദൈവം അഭിവൃദ്ധി തരും പിശാചും തരും ഭൌതികമായ അഭിവൃദ്ധി മനസ്സിലായോ സഹോദരങ്ങളെ പിശാചെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യും എല്ലാം അതിന്റെ സാക്ഷാത്തായതിന് അതിന് പകരമായി മറ്റൊന്ന് വിചാരി കാണിച്ചു തരും എല്ലാം വിശാജു വെളുത്തുന്നതിന്റെ വേഷത്തിൽ വരും ഒരിക്കൽ ഒരു സന്യാസി സന്യാസി അദ്ദേഹം ഒരു ക്രിസ്തുഭക്തനാണ് വലിയ ഭക്തനാണ് പ്രാർത്ഥന നേരിടാൻ ഇരിക്കുകയാണ് അപ്പോൾ പിശാജി തീരുമാനിച്ചു ഈ സന്യാസിയുടെ ഭക്തി ഒന്ന് കളയണം ഈ സന്യാസിയൊന്ന് അപകടപ്പെടുത്തണം സന്യാസിനടുക്കൽ സാത്താൻ ഒരു മാലാഹയുടെ രൂപത്തിലങ്ങ് ചെന്നു സന്യാസി ധ്യാനിച്ചിരിക്കുകയായിരുന്നു കണ്ണു തുറന്നപ്പോൾ മുമ്പിലൊരു നല്ല മാലാഹയുടെ രൂപത്തിലൊരാള് നിൽക്കുന്നു തേജസ്വേറി മാലാഖയുടെ രൂപത്തിലാ നിൽക്കുന്നത് ഈ ചെന്നപുള്ളി പറഞ്ഞു സാത്താൻ പറഞ്ഞു മാലാഹ പറഞ്ഞു മാലാഖയല്ല ഒറിജിനൽ മാലാഖയല്ല ഡ്യൂപ്ലിക്കറ്റ് മാലാഹ ഈ സാത്താൻ പറഞ്ഞു ഞാൻ ഗബ്രിയൽ ദൂതനാകുന്നു അങ്ങയുടെ ഭക്തി അങ്ങ് എടുക്കിലേക്ക് എന്നെ അയച്ചതാണ് ദൈവം അയച്ചതാണ് പണ സന്യാസി പറഞ്ഞു എന്റെ അടുക്കലേക്ക് ആയിരിക്കും ഇല്ല അയച്ചത് കാരണം ദൈവം തന്റെ മാലാഹി എന്റെ അടുക്കിലേക്ക് അയക്കാൻ തക്കണോ ഉള്ള എനിക്ക് ഇല്ലല്ലോ എന്റെ അടുക്കലേക്ക് ആയിരിക്കില്ല ഒന്ന് അന്വേഷിച്ച് നോക്ക് ചെല്ല ദൈവസന്യാ ഒന്നുകൂടി ചോദിക്ക് ആളുടെ അടുക്കലേക്ക് തന്നെയാണോ അയച്ചത് കാരണം ആ ആള് പറയുന്നത് എന്റെ അടുക്കലേക്ക് അങ്ങനെ ഒരു മാലാഹി അയക്കത്തക്കാണ് യോഗ്യത എനിക്ക് ഇല്ല എന്നാണല്ലോ അദ്ദേഹം പറയുന്നതെന്ന് പറഞ്ഞു നോക്ക് പിശാജു തോറ്റു ഈ ആ വിനയത്തിന് മുമ്പിൽ സാത്താൻ തോറ്റു എന്റെ അടുക്കലേക്ക് ആയിരിക്കുകയില്ല എന്ന് പറയത്തക്കവണ്ണം ആ എളിമ ജീവിതത്തിലുണ്ടായിരുന്നതുകൊണ്ട് അവിടെ സാത്താൻ തോറ്റു പിന്നെ സന്യാസിയുടെ അടുക്കലേക്ക് ചെന്നില്ല എളിമയുടെ മുൻപിൽ ഒരു പിശാജു അടുക്കുകയില്ല അഹങ്കാരത്തിന് മുമ്പിൽ പിശാജ് ഓടി വരും അല്ലാത്തിരി അഹങ്കാരിയായിരുന്നു സന്യാസിയെങ്കിലോ ഞാൻ വലിയ ഭക്തനാണ് ഞാൻ വലിയ വലിയ നിഷ്ഠയുള്ളവനാണ് ഞാൻ നല്ല സമർപ്പണമുള്ളവനാണെന്നൊക്കെ പറഞ്ഞിരിക്കുന്നയാളാണെങ്കിലോ സന്യാസി പറയും ഓ കൊള്ളാം മലഹ വന്നല്ലോ മലഹ ദൈവന്മാരെ എന്താ എൻ്റെ പറയാൻ പറഞ്ഞു വിട്ടിരിക്കുന്നത് ചോദിക്കും പിന്നെ കെണീര് വീഴുകയായി ഈ ഒരു ഒറ്റ മറുപടി അത് ആളത്തത്തിൽ ലയിച്ചു കിടക്കുന്ന എളിമയാണ് ആ മറുപടി കേട്ടപ്പോഴേക്കും പിശാചോടിപ്പോയി പ്രിയപ്പെട്ടവരെ സാത്താൻ വെളുത്തതിന്റെ വേഷം ധരിക്കും ഡ്യൂപ്ലിക്കേറ്റ് അന്യഭാഷ പറയാൻ തുടങ്ങും കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരനോട് പറഞ്ഞു അല്ല ഷൈജൻ പറഞ്ഞല്ലോ ഇവിടെ പ്രസംഗത്തിൽ ഷൈജൻ പറഞ്ഞില്ലേ ഷൈജൻ നല്ലപോലെ അന്യഭാഷ പറയുമായിരുന്നു ഫോഷ് കാണുന്ന പാവം അറിഞ്ഞില്ല ഷൈജൻ ദർശനം കാണുമായിരുന്നു അത് ഹോഷ് കാണെന്നറിഞ്ഞില്ല ഞങ്ങൾ കൊറേക്കാലം ഫോഷ്കായ പലതും കണ്ടവരല്ലേ ഞങ്ങൾക്ക് മനസ്സിലാവത് ധാരാളം കണ്ടതല്ലേ പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ സ്തോത്രം ഭാഷ എന്ന് വെച്ചാൽ അത് സത്യമല്ലാത്തത് ഒരിക്കലും എന്റെ വന്നപ്പോൾ ഒരു ചെറുപ്പക്കാരൻ വന്നപ്പോൾ പറഞ്ഞു സാറേ ഞാന് നല്ലപോലെ വന്യഭാഷ പറയാൻ പഠിച്ചു അതെങ്ങനെയാ പഠിക്കുന്ന എങ്ങനെയാ അത് സാറേ അത് പറഞ്ഞു പറഞ്ഞു പഠിക്കാം കൊള്ളാം പറഞ്ഞു പറഞ്ഞ് പഠിക്കാം എന്ന് പറഞ്ഞു പറഞ്ഞ് പഠിക്കേണ്ടതാണ് വന്യഭാഷ ഓടയം രാവിമേൽ തീ വരച്ച് വയ്ക്കുമ്പോൾ കിട്ടുന്നതല്ലേ വിവിധ ഭാഷകൾ അത് ദൈവത്തോട് സംഭാഷണം ചെയ്യുന്നതല്ലേ അത് ദൈവത്തോട് സംഭാഷണം ചെയ്യുന്ന ഭാഷയല്ലേ അത് മനുഷ്യർക്ക് മനസ്സിലാകുമോ ദൈവത്തിന്റെ സ്തോത്രം അപ്പോൾ ആത്മാവിന്റെ അഭിഷേകം തരുന്നു ക്രിസ്തു ആത്മാവിൽ സ്നാനം കഴിപ്പിക്കും നാം എല്ലാവരും കൊതിക്കും ആത്മാവിന്റെ സ്നാനം കർത്താവേ നിന്റെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ എന്താ ദൈവമേ നിന്റെ സ്വഭാവം എനിക്ക് തരണമേ യേശുവേ നിന്റെ സ്വഭാവം എനിക്ക് തരണമേ ഇത് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയമായാൽ ഞാൻ ചിലപ്പോഴും കർത്താവിനെ പറയാറുണ്ട് കർത്താവ് ഞാനിത് പറയുന്നത് നീ കേൾക്കുന്നില്ലേ നീ കേൾക്കുന്നുണ്ടെങ്കിൽ എത്രയോ പ്രാർത്ഥനകൾ നീ മറുപടി തന്നതാണ് അങ്ങനെയാണെങ്കിൽ ഇതിനെ നീ മറുപടി തരില്ലേ ഞാൻ ഇങ്ങനെയൊക്കെ ചോദിക്കും നിങ്ങൾക്ക് അറിയാമോ ഇത് ദൈവത്തിൽ ഞാൻ ചോദിക്കും ഞാൻ പറഞ്ഞ എത്രയോ കാര്യങ്ങൾ നീ എനിക്ക് പ്രാർത്ഥന അത് നിറവേറ്റി തന്നു എന്റെ യഥനങ്ങളുടെയാതിന് നിഷേധിക്കാതെ എന്തെല്ലാം തന്നു ഇപ്പൊ ഇത് ഞാൻ ആത്മാർത്ഥമായിട്ടില്ല പറയുന്ന എനിക്ക് ആത്മാവിന്റെ നിറവ് വേണം എനിക്ക് ആത്മാവിന്റെ അഭിഷേകം വേണം എനിക്ക് ആത്മശക്തി വേണം ഇത് എനിക്കിഷ്ടമുള്ളൊരു വിഷയമാണ് തന്നെ കാരണം നീ ആത്മാവിന് തരാനാണ് നീ ക്രൂസിൽ മരിച്ചത് എനിക്ക് വേണമെന്ന് പറഞ്ഞാൽ ഇത് എനിക്കിഷ്ടമുള്ളൊരു കാര്യമല്ലേ ഞാനീ പറയുന്നത് നീ എനിക്കത് തരണം അപ്പോൾ ഉടൻ എന്റെ മനസ്സിലേക്ക് വരും ദൈവം നേരിട്ട് മനസ്സിലേക്ക് വരും അതിന് അതിനുള്ള വില കൊടുത്തിട്ടില്ലല്ലോ ആത്മാവിന് തരാം പക്ഷെ ആത്മാവ് വിലയേറിയതല്ലേ നീ അതിനുള്ള വില കൊടുത്തിട്ടില്ലല്ലോ നീ അതിനുള്ള സമർപ്പണം ആയിട്ടില്ലല്ലോ ഇനിയും പലതും ഹൃദയത്തിൽ നിന്ന് മാറാനുണ്ടല്ലോ ചില സ്വാർത്ഥതകൾ ചില തന്നിഷ്ടങ്ങൾ ചില സ്വന്തം ശരികൾ സ്വയങ്ങൾ ഇതൊക്കെ മാറാതെ എന്റെ ആത്മാവിനെ എങ്ങനെ തരും എന്റെ ആത്മാവ് വിലയേറിയതല്ലേ ഉടനെ ഞാൻ എളുപ്പപ്പെടും ഭർത്താവേ അതെല്ലാം ഒന്ന് കാണേ എനിക്ക് കാണിച്ചു തരണം സ്തോത്രം പിന്നെ അതാണ് ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് പിന്നെ ദൈവത്തിൽ ഇരുന്ന് ഇങ്ങനെ നോക്കുകയാണ് എന്തൊക്കെയാണ് ഇനി എനിക്ക് മാറിക്കിട്ടേണ്ടത് എന്റെ സ്വയം എവിടെയെല്ലാമാണുള്ളത് അതിനുള്ള ഉദാഹരണങ്ങൾ എന്തെല്ലാം എന്റെ ജീവിതത്തിലുണ്ട് എന്റെ സ്വയം അത് പ്രോമിനന്റ് അത് കൂടുതൽ കരു ജീവിതത്തിലുണ്ട് എന്നുള്ളതിന് ഉള്ള തെളിവുകൾ ഇതെല്ലാമാണ് ഓരോ സന്ദർഭങ്ങളും ഇങ്ങനെ ചിന്തിക്കുകയാണ് അപ്പോ ഓരോ കണ്ണ് കാണുന്നു ഇപ്പം ദൈവത്തെ പറയും കർത്താവ് ചെയ്ത് മാറ്റിത്തരണം ഇതെല്ലാം എന്റെ സ്വയത്തിൽ നിന്ന് വന്നതാണ് ഈ സംഭവങ്ങൾ അല്ലെങ്കിൽ ഈ സംസാരം അല്ലെങ്കിൽ ഈ പെരുമാറ്റം അല്ലെങ്കിൽ ഈ ഇടപാട് അത് എന്റെ സ്വയത്തിൽ നിന്ന് വന്നതാണ് മാറ്റിത്തരണം ഇങ്ങനെയുള്ള പ്രാർത്ഥനാ അതാണ് പ്രാർത്ഥന അതാണ് സുതി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ല പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ അതേ ഛായ പ്രാപിക്കുന്നതിന് തടസ്സമായിട്ട് എന്താണുള്ളതെന്ന് കണ്ടുപിടിക്കുകയാണ് അതാണ് എന്നിട്ടത് മാറാൻ വേണ്ടി ദൈവത്തോട് അപേക്ഷിക്കുകയാണ് അതാണ് പ്രാർത്ഥന സ്ത്രോത്രം നാലാമത്തെ കാര്യം ഈ യേശു വിധി വർത്താവാണ് എന്ന് യോഹനാമൻ അറിഞ്ഞു വെളിപ്പെടുത്തി ഒരിക്കൽ വിധിക്കാൻ വരും അതാണ് യോഹനാമൻ കണ്ട ദർശനങ്ങൾ വീശുമുറം അവന്റെ കൈയിലുണ്ട് അവൻ കളത്തെ മറ്റും വെടിപ്പാക്കി കോതമ്പ് കളപ്പനിയിൽ കൂട്ടിവെക്കുകയും പതിര് കിടാത്തതിയിലിട്ട് ചുറ്റിളുകയും ചെയ്യും ഇതാ വൃക്ഷങ്ങളുടെ ചുവടിന്റെ കോടാലി വെച്ചിരിക്കുന്നു നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിലിട്ട് ചുട്ടുകളയും മത്തായി മൂന്ന് ലൂക്കോസ് മൂന്നൊക്കെ വായിക്കണം ഇപ്പൊ വായിക്കുന്ന നേരമില്ല സാരമില്ല രണ്ട് സുപ്രധാന ദർശനങ്ങളാണ് ഈ കണ്ടത് എന്താണ് വീശുമുറം അവന്റെ കയ്യിലുണ്ട് വീശുമുറം ആ വീശുമുറം കൊണ്ട് വീശുന്നു സമയമില്ലാത്തോണ്ടാണ് വായിക്കാത്തത് മത്തായി മൂന്ന് ലൂക്കോസ് മൂന്ന് ഇത് വീശുമുറം അവന്റെ യേശുക്രിസ്തു ന്യായം വിധിക്കുന്നവനാണ് അവൻ ഗോതമ്പ് കളപ്പറയിൽ കൂട്ടിവയ്ക്കും പതിരുകിടാത്തതേ ചുട്ടുകളയും അതുവരെ എല്ലാം ഒരു കളത്തിൽ കിടക്കുകയാണ് ഒരേ കളത്തിൽ എല്ലാം ഒരേ കളത്തിൽ കിടക്കുകയാണ് മെതിച്ചു ആ മെതിച്ചു കൂട്ടിയതില് ഒട്ടേറെ നല്ല ഗോതമ്പുണ്ട് അതിന്റെ കൂടെ തന്നെ കുറച്ച് പതിരും കിടപ്പുണ്ട് കൂട്ടായ്മകളിൽ അങ്ങനെയാണ് ഗോതമ്പുമുണ്ട് പതിരുമുണ്ട് ഒരിക്കൽ ഇ കടന്നു വന്ന് ീശമുറം കൊണ്ട് വീശും വീശുമുറം കൊണ്ട് വീശുമ്പോൾ അപ്പോൾ കോതമ്പ് തിരിയും പതിര് തിരിയും കോതമ്പ് കളപ്പുരയിൽ അത് പത്താഴത്തിലേക്ക് പോകും അത് കളപ്പുരയിലേക്ക് പോകും പതിര് കെടാത്തതിയാവുന്ന നരകത്തിലേക്ക് പോകും ന്യായവിധിയുണ്ട് പിന്നെ യോന്ന സ്നാപൻ പറഞ്ഞു ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചൂടിന് കോടാലി വെച്ചിരിക്കുന്നു സ്നാവകൻ കാണുന്ന കാഴ്ചയാണ് വൃക്ഷങ്ങളുടെ ചൂടിന് കോടാലി വെച്ചിരിക്കുന്നു നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വട്ടി തീയിലിട്ട് ചുട്ടുകളയും നല്ല ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങൾ നിൽക്കും അല്ലാത്തത് വെട്ടി തീയിലിട്ട് ചുറ്റുകളെയും പ്രിയപ്പെട്ടവരെ നാം വളരെ ഭയത്തോടെ കേൾക്കേണ്ടതാണ് ഒരു ന്യായവിധിയുണ്ട് എവൻഎസ് നാപകൻ അത് അങ് ന്യായവിധി നടത്തുന്ന ന്യായകർത്താവായി ശുവിനെ കാണിച്ചു കൊടുത്തു ദൈവത്തിന്റെ കുഞ്ഞാടായി കാണിച്ചു കൊടുത്തു ദൈവപുത്രനായി കാണിച്ചുകൊടുത്തു ആത്മാവിൽ സ്നാനം നടത്തുന്നതിനായി കാണിച്ചു കൊടുത്തു ന്യായവിധി നടത്തുന്നതിനായി കാണിച്ചു കൊടുത്തു അഞ്ചാമതായി കാണിച്ചു കൊടുത്തത് മണവാളിനായിട്ടാണ് അത് യോഹന്നിന്റെ ഇരുപത്തി ഒമ്പത് വായിക്കാം മൂന്നിന്റെ ഇരുപത്തൊമ്പത് യോഹൻ മൂന്നിന്റെ ഇരുപത്തൊമ്പത് മണവാട്ടിയുള്ളവൻ മണവാളനാകുന്നു മണവാളന്റെ സ്നേഹിതനോ നിന്ന് മണവാളന്റെ സ്വരം കേട്ടിട്ട് അത്യന്തം സന്തോഷിക്കുന്നു ഈ എന്റെ സന്തോഷം പൂർത്തിയായിരിക്കുന്നു അവൻ വളരെയണം ഞാനോ കുറയണമെന്ന് ഉത്തരം പറഞ്ഞു യേശുക്രിസ്തുവാണ് മണവാളൻ കാണിച്ചു കൊടുത്തു ഞാൻ മണവാളന്റെ സ്നേഹിതനാണ് ഞാൻ മണവാളന്റെ സ്നേഹിതൻ ഇപ്പൊ പറയുന്നത് തോഴ്മക്കാരെന്നൊക്കെ പറയും തോഴ്മക്കാരെന്ന് പറഞ്ഞാൽ ഒപ്പം പ്രായമുള്ളവനൊക്കെയാ വേണ്ടത് അല്ലാതെ ഈ കൊച്ചു പിള്ളേരെ പിടിച്ച് ഒരു കൊച്ചിന് കയ്യിലൊരു ബൊക്കയൊക്കെ കൊടുത്തു പിടിച്ച് തീർത്തുന്നല്ല ശരിയായ തോഴ്മക്കാരൻ അതൊക്കെ ഇപ്പൊ ചടങ്ങിങ്ങനെയൊക്കെ ആയിപ്പോയി പോട്ടെ പ്രിയപ്പെട്ടവരെ മണവാളന്റെ സ്നേഹിതൻ എന്താണെന്നറിയാമോ വലിയ ഉത്തരവാദിത്വമുള്ളൊരു കാര്യമാണത് കല്യാണം ആലോചിക്കുന്നത് അദ്ദേഹമാണ് മണവാട്ടിയെ തേടി കണ്ടുപിടിക്കുന്നത് അദ്ദേഹമാണ് മണവാളിന്റെ സ്നേഹിതനാണ് മണവാട്ടിയെ കണ്ടുപിടിക്കു മാത്രമല്ല ഈ മണവാട്ടിയെ ഒരുക്കിക്കൊണ്ടു വരുന്നത് അദ്ദേഹമാണ് പണ്ട് ഏലിയാസാർ അന്ന് റിബേക്കെ ഇസാക്കിന് വേണ്ടി ഒരുക്കിക്കൊണ്ടു വന്നതുപോലെ മണവാളിന്റെ സ്നേഹിതൻ മണവാളിന് വേണ്ടി മണവാട്ടി ഒരുക്കിക്കൊണ്ടു വരികയാണ് മണവാളൻ അവിടെ കൂടാരത്തിലിരിക്കുകയുള്ളു മണവാളിന്റെ സ്നേഹിതനാണ് ഇതെല്ലാം അറേഞ്ച്മെന്റ്സ് എല്ലാം ചെയ്യുന്നത് എന്നിട്ട് വലിയ പ്രതീക്ഷയോടെ ഇങ്ങനെ കൊണ്ടുവരും കൊണ്ടുവന്നിട്ട് പഴയകാലത്ത് യഹൂദ ചരിത്രമാണ് ഈ വലിയ പ്രതീക്ഷയോടെ കൊണ്ടുവരും മണവാളൻ അപ്പോഴാണ് മണവാട്ടി ആദ്യമായിട്ട് കാണുന്നത് മണവാളിന മണവാട്ടിയെ കാണുമ്പോൾ മണവാളിന് വളരെ സന്തോഷം എനിക്ക് വേണ്ടി എന്റെ സ്നേഹിതൻ ഏറ്റവും നല്ലൊരു പെൺകുട്ടിയെ ഒരുക്കിക്കൊണ്ട് വന്നല്ലോ ഏറ്റവും നല്ല ഒരു സഭയെ ഒരു മണവാട്ടി സഭയെ ഒരുക്കിക്കൊണ്ട് വന്നല്ലോ സന്തോഷം കൊണ്ട് ഈ മണവാളൻ ആനന്ദത്തോടെ നൃത്തം ചെയ്യും ഈ മണവാളൻ മണവാട്ടിയോട് വളരെ ഹൃദ്യമായി സംസാരിക്കാൻ തുടങ്ങും വളരെ സ്നേഹത്തോടെ സംസാരിക്കാൻ തുടങ്ങും അപ്പോൾ മണവാളൻ ഈ മണവാട്ടിയിൽ പ്രസാദിക്കുന്നത് കാണുമ്പോൾ അപ്പോഴാണ് ഈ മണവാളിന്റെ സ്നേഹിതൻ സന്തോഷിക്കുന്നത് ഇനി ഒന്ന് വായിച്ചേ മണവാട്ടിയുള്ളവൻ മണവാളനാകുന്നു മണവാളന്റെ സ്നേഹിതനോ നിന്ന് മണവാളന്റെ സ്വരം കേട്ടിട്ട് അത്യന്തം സന്തോഷിക്കുന്നു മണവാട്ടിയോട് സ്നേഹത്തോട് മധുരമായി സംസാരിക്കുന്ന സ്വരം കേട്ടിട്ട് മണവാളന്റെ സ്നേഹിതൻ സന്തോഷിക്കുന്നു ുന്നു അവൻ വളരെയണം ഞാനോ കുറയണമെന്നു ഈ എന്റെ സന്തോഷം പൂർത്തിയായിരിക്കുന്നു മണവാളന്റെ സ്നേഹിതന്റെ ജോലി കഴിഞ്ഞു ഇനി മണവാളിനും മണവാട്ടിയും അവര് മണവറക്കകത്തേക്ക് പോവുകയാണ് പ്രിയപ്പെട്ടവരെ അത്രം വരെയാണ് മണവാളിന്റെ സ്നേഹിതന്റേത് ഞാൻ എന്റെ ജോലി ഇതാ ഞാൻ പരിചയപ്പെടുത്തി നിങ്ങൾക്ക് യേശുവിനെ പരിചയപ്പെടുത്തി ദേവപുത്രനെ പരിചയപ്പെടുത്തി എന്റെ എന്റെ ഉത്തരവാദിത്വം കഴിഞ്ഞു ഇനി മണവാളിനും മണവാട്ടിയും സ്തോത്രം ദൈവത്തിന്റെ വലിയ നാമം മോഹർത്തപ്പെടട്ടെ സഹോദരങ്ങളെ നിങ്ങൾക്കെന്താണ് മനസ്സിലാകുന്നത് നമ്മൾ മനോഹരമായി പാടും ഇന്നലെയും പാടിയില്ലേ സുമുഖി സ്വാഗതമോതുന്നൊക്കെ നമ്മൾ പാടിയില്ലേ ഏതാണ് ഈ സുമുഖി സുന്ദരികളിൽ സുന്ദരി നീ ജാതികളിന് സൂനു നീ ജാതികളുടെ പുത്രിയായി അല്ലയോ കന്യകയെ നീ സുന്ദരികളിൽ സുന്ദരിയാണെന്നൊക്കെ പാടിയില്ലേ കെട്ടിക്ക നിർത്തി പെണ്ണ് സുന്ദരി എന്നല്ല പറഞ്ഞത് സഭയാകുന്ന മണവാട്ടി സുന്ദരിയാണെന്നാണ് നീ കളങ്കമേശാത്തോളം എന്നാണ് ോട്ടം നടൻ ഇതോട്ടീ നീടുവൻ നാഥാദൂരേ ാണ് അയ്യോ ദൂരെ പോവല്ലേ നീ എന്നെ മാനിച്ചോളിനെ നീ എന്നെ മാനിച്ചില്ലെങ്കിൽ ഞാൻ ക്ഷീണിച്ചു പോകും ഞാൻ ചത്തുപോകും മീനെപ്പിടിച്ച് കരക്കെട്ടതുപോലെ ആയിപ്പോകും ഞാൻ ചത്തുപോകും ആത്മാവ് മരിച്ചുപോകും എന്നാണ് പറയുന്നത് നാളും മാസങ്ങളല്ല ആണ്ടുകൾ പോലും ഞാൻ പാപത്തിന്റെ പാഴികളിൽ പോക്കിപ്പോയവളാണ് ഈ സഭയാകുന്ന മണവാട്ടി കർത്താവെ ഈ നിന്റെ കൈപ്പണിയായ ഞാൻ നാളുകളല്ല മാസങ്ങളല്ല ആണ്ടുകൾ പോലും പാപത്തിന്റെ കുയിരുട്ടിലാണ്ട് പോയവളാണ് നിന്റെ കർത്താവെ എന്നാൽ ഒരിക്കൽ നിന്റെ ജീവധ്വനി കേൾക്കാൻ ജീവന്റെ ശബ്ദം കേൾക്കാനിടയായി ജീവന്റെ വചനം കേൾക്കാൻ ഇടയായി അപ്പോഴാണ് എന്റെ കണ്ണു തെളിഞ്ഞത് അപ്പോഴാണ് സാക്ഷാത്തായി ആനധ്വനി കിട്ടിയത് നാളും മാസവുണ്ടു ജീവധ്വനി ജീവധ്വനി കേട്ട് കണ്ണു തെളിഞ്ഞ് സ്തോത്രം എന്റെ കർത്താവെ ദൈവത്തിന് സ്തോത്രം മണവാളുടെ ജീവധ്വനി കേൾക്കുമ്പോൾ കണ്ണ് തെളിയും മണവാളന്റെ അരുമസ്വരം കേൾക്കുമ്പോൾ ഉള്ളം തെളിയും കർത്താവായ യേശുക്രിസ്തു മണവാളൻ എന്ന് യോഹന്നാവകൻ വെളിപ്പെടുത്തി അഞ്ചു കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഇടയ്ക്കൊന്ന് നിർത്തിയിട്ട് ഞാൻ അത് ചോദിച്ചിട്ടടുത്തിലേക്കടക്കാം പ്രിയപ്പെട്ടവരെ ഈ ക്രിസ്തുവിന്റെ മണവാട്ടിയാകാൻ ഞാൻ യോഗ്യത പ്രാപിച്ചു വർഷങ്ങൾക്ക് മുൻപ് ഈ കോലഞ്ചേരി പള്ളിയുടെ ഇപ്പോൾ നമ്മുടെ ബസും കാറും ഇടുന്ന ഭാഗത്ത് അവിടെ ആ വലിയ വിശാലമായ സ്ഥലത്ത് ബഹുമാൻപെട്ട കെ ഒ തോമസ് അച്ഛൻ കൺവെൻഷനിൽ പ്രസംഗിച്ചു ഇപ്പാവഘട്ടം ഞാന് ആർത്തി കൊണ്ട് പ്രസംഗം കേൾക്കാൻ തോമസ് അച്ഛൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കൂത്താട്ടുളത്ത് കിഴവുമ്പിലെ കെ ഒ തോമസ് അച്ഛൻ മരിച്ചുപോയി എന്നാ പ്രസംഗ വിഷയം ഞാനെങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ ക്രിസ്തുവിൻ ഏകപുരുഷന് നിങ്ങളെ നിർമ്മലിയായി ഏൽപ്പിക്കാൻ വിവാഹദൃശ്ശം ചെയ്തിരിക്കുന്നു എന്നാൽ സർപ്പമഹുവായി ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകഗ്രതയും നിർമ്മലീമിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു ഞാൻ നോക്കി നിൽക്കുമ്പോഴ് എന്റെ കർത്താവെ ദൈവത്തിന് സ്തോത്രം ഞാൻ നോക്കി നിൽക്കുമ്പോഴ് അച്ഛൻ കറുപ്പുലോഹിയിട്ട് സ്റ്റേജിലുണ്ട് സ്റ്റേജിൽ വേറെ ആരുമില്ല വരച്ചമാരെല്ലാം താഴെ ഇരിക്കുകയാണ് ദൈവത്തിന സ്തോത്രം എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ നോക്കുമ്പോൾ ആ സ്റ്റേജിൽ മുഴുവൻ ഇങ്ങനെ കത്തുകയാണ് ആ സ്റ്റേജിൽ മുഴുവൻ ഇങ്ങനെ പ്രകാശം വഴിഞ്ഞൊഴുകുകയാണ് ആ പ്രകാശന മധ്യത്തിൽ നിന്ന് ചോദിച്ചു എന്റെ ഹൃദയത്തിൽ ഇടിപാട് വെട്ടുന്നതുപോലെ തോന്നിപ്പോയി ഹൃദയത്തിൽ വാളുകൊണ്ട് വെട്ടും പോലെ തോന്നി മർമ്മം പിളർക്കുന്നൊരു വാക്ക് ഇത്രയും പരിശുദ്ധനായി യേശുവിന്റെ മണുവാട്ടിയാകാൻ മകനെ നീ ഒരുങ്ങിയോ ഇത്രയും മഹാപരിശുദ്ധനായ യേശുവിന്റെ മണുവാട്ടിയാകാൻ നീ ഒരുങ്ങിയോ ദൈവത്തിന് സ്തോത്രം ഏ എങ്കലടിച്ചുകൊണ്ട് ഞാൻ അവിടെ ഇരുന്ന് ഞാനന്ന് കൊച്ചുകുട്ടിയെ പോലെയാണ് പത്തോ പതിനേഴോ പതിനെട്ടോ അല്ല പത്തോ ഇരുപത് വയസ്സ് താഴെയൊക്കെ കാണുമെന്ന് എനിക്ക് തോന്നുന്നു എന്നാൽ ഞാൻ അവിടെ ഇരുന്നു കൊണ്ട് പറഞ്ഞു കർത്താവേ ഞാൻ ഒരുങ്ങും ഞാൻ ഒരുങ്ങും ഞാൻ വിശുദ്ധമുള്ള പാട്ടിയായി ഞാൻ ഒരുങ്ങും ദൈവത്തിന് സ്തോത്രം ആ തീയുടെ മധ്യത്തിൽ നിന്ന് പുറപ്പെട്ട ശബ്ദമതായിരുന്നു എന്റെ സഹോദരങ്ങളെ ഇന്ന് ഈ പകൽക്കാലം എനിക്ക് നിങ്ങളോട് ചോദ്യം ചോദിക്കാനുണ്ട് ഈ മഹാപരിശുദ്ധനായ യേശുവിന മണവാട്ടിയാകാൻ നാം ഒരുങ്ങിയോ കറയും കളങ്കവും ചുളുക്കവും ഇല്ലാത്ത വിശുദ്ധ സഭയായി നാം മാറിയോ ഈ പരിശുദ്ധനായ മണവാളൻ വരുമ്പോൾ അവന്റെ സന്നിധിയിലേക്ക് കറയില്ലാത്തവര് ചുളുക്കമില്ലാത്തവര് മാലിന്യമില്ലാത്തവര് മാത്രം പറക്കും ആ കൂട്ടത്ത് ഞാനും പറക്കുമോ ഇല്ലെങ്കിൽ ഈ ലോക നഷ്ടമല്ലേ എന്തെല്ലാം നേടി നമ്മള് എന്തെല്ലാം എന്തെല്ലാം സമ്പാദിച്ചു എന്നാൽ അന്ന് കൈവിടപ്പെട്ടു പോയാൽ നഷ്ടമല്ലേ നമ്മുടെ മക്കൾ നമ്മുടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ സഹോദരങ്ങൾ നമുക്കുള്ളതായി വരുമാനമാർഗ്ഗങ്ങൾ നമ്മുടെ വരവിനങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ടവര് നമ്മുടെ ഭവനം നാം താൽക്കൂലിച്ച് നാം ഉണ്ടാക്കിയതായ കാര്യമായി കരുതി നമ്മുടെ ബാത്റൂംസ് നമ്മുടെ കിടക്കമുറി നമ്മുടെ കട്ടില് നമ്മുടെ കിടക്ക നമ്മുടെ മേശ നമ്മുടെ കസേര എന്റെ ദൈവമേ ഒന്നും കൂടെ പോരുന്നില്ല വിശുദ്ധനായി നിന്ന് ദൈവം എതൽ പറക്കുമ്പോൾ അവന്റെ കൂടെ അവൻ യേശുവിൽ തേടിയെടുത്ത വിശുദ്ധിയും ദൈവസ്നേഹവും യേശുവിന്റെ ഛായയും മാത്രം കൂടെ പോരും ദൈവത്തിന് സ്തോത്രം അവൻമാത്രം അക്കരെ ചെല്ലും അല്ലെങ്കിലോ ഇത് നഷ്ടപ്പെട്ടവനായി ഞാൻ തീരും നിങ്ങളും തീരും ആ കെടുതി നമുക്ക് വരരുത് നാം ആരും നഷ്ടപ്പെട്ടു പോകരുത് ഈ മണവാളന്റെ മണവാട്ടിയാകാൻ ഇന്ന് ഇന്ന് ഈ ഉച്ച നേരം നിങ്ങൾ തീരുമാനിക്കൂ മണവാളിന്റെ മണവാട്ടിയായി ഞാൻ തീരും എന്റെ കർത്താവേ ഈ പരിശുദ്ധനായ മണവാളിന്റെ അവന്റെ മണവുറയ്ക്കകത്ത് പ്രവേശിക്കുന്ന അവനിൽ ലയിച്ചു ചേരുന്ന അവനിൽ ഒരു മണവാട്ടിയായി ഞാൻ തീരും അവനിൽ ഞാൻ അങ്ങ് അലിഞ്ഞുചേരും അവന് ഞാനങ്ങ് എയിച്ചുചേരും അതിവിടെ വെച്ച് തന്നെ അവനെ ഞാൻ ലയിക്കും അവന് ഞാൻ അലിയും യേശുബിയെ ഞാനങ്ങ് ഇല്ലാതാകും അവൻ മാത്രമായി തീരും എന്റെ കർത്താവിന് സ്തോത്രം ഞാൻ എന്ന് പറയുന്ന വ്യക്തി ഇല്ലാതാകും ഞാൻ എന്ന് പറയുന്നൊരാളത്വം ഇല്ലാതാകും എന്റേതായ താല്പര്യങ്ങളില്ലാതാകും എന്റേതായ ശരികളില്ലാതാകും എന്റെ ആത്മീയം എന്റെ സ്വന്തം ഇഷ്ടങ്ങളില്ലാതാകും എന്റെ കർത്താവേ എനിക്ക് എന്ന് പറയാനുള്ളത് ഒന്നുമില്ലാതാകും പിന്നെ എല്ലാം എല്ലാം നിന്റെത് നിന്റേത് നിന്റേത് യേശുവേ ജ്ഞാനിതാ എന്നെ നിനക്ക് തരുന്നു എന്റെ പ്രിയപ്പെട്ടവര് നിങ്ങൾക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ ഇപ്പോൾ ഈ ഉച്ചയ്ക്ക് സാധിക്കുമോ ഇന്ന് ഈ ഇവിടുത്തെ ക്ലാസ്സിൽ ഇനിയും ചില പറയാനുണ്ട് ഞാൻ നോക്കാം പറയാൻ നോക്കാം എന്നാൽ ഇന്ന് ക്ലാസ്സിൽ ഇപ്പോൾ ഞാൻ അല്പം നിർത്തിയിട്ട് ഇക്കാര്യം കൊണ്ട് ചോദിക്കുകയാണ് നിങ്ങൾ ഇതുവരെയും അങ്ങനെ തീരുമാനം എടുത്തില്ലെങ്കിൽ ഇതുവരെയും അങ്ങനെ വ്യക്തമായ ഒരു തീരുമാനത്തിലേക്ക് നിങ്ങൾ വന്നില്ലെങ്കിൽ എന്റെ പ്രിയ സഹോദരങ്ങളെ ഇനി നിങ്ങൾ വൈകരുത് ഇനി നിങ്ങൾ താമസിക്കരുത് താമസിച്ചാൽ മരണം വന്ന് നിങ്ങളെ രാജിക്കൊണ്ടു പോയാലോ താമസിച്ചാൽ രാജാതിരാജം മടങ്ങി വന്നാലോ എന്റെ പ്രിയപ്പെട്ടവരെ ഇനി നിങ്ങളവസരം നഷ്ടപ്പെടുത്തരുത് ഇന്ന് ഇന്ന് ഇന്ന് തന്നെ നിങ്ങൾ നിങ്ങളെ തന്നെ കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുക്കൂ നിങ്ങളുടെ തൊട്ടടുത്ത് അവൻ വന്ന് നിൽക്കുന്നുണ്ട് അവൻ ദൂരെ ദൂരെ മാറിപ്പോയിട്ടില്ല മോനെയെ നിന്റെ ജീവിതത്തിൽ നിന്ന് ദൂരെ മാറിപ്പോയിട്ടില്ല നിങ്ങൾ കാവലാധികളുണ്ട് അവൻ അറിയാം നിങ്ങൾ കടമുണ്ട് എന്റെ കർത്താവിൻ അറിയാം നിങ്ങൾക്ക് നിരാശാകരമായ അനുഭവങ്ങൾ ധാരാളമുണ്ട് അവനറിയാം നിങ്ങളെ അലട്ടുന്ന ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട് അവനറിയാം നിങ്ങളുടെ മക്കളെക്കുറിച്ചുള്ള പ്രശ്നങ്ങൾ നിങ്ങളെ തുറച്ചുനോക്കുന്നുണ്ട് അത് അവൻ കാണുന്നുണ്ട് ദൈവത്തിന് സ്തോത്രം നിങ്ങളുടെ ഹൃദയത്തിലെ പല ആഗ്രഹങ്ങളും മുരടിച്ചു പോയതിൽ നിങ്ങളുടെ മനസ്സൊന്ന് വേഴുന്നുണ്ട് അവനറിയാം ദൈവത്തിന് സ്തോത്രം എന്നാൽ മകനെ എല്ലാം പുതുക്കിത്തരുന്ന ഒരു ദൈവമുണ്ട് എല്ലാം എല്ലാം ശരിയാക്കിത്തരുന്ന ഒരു ദൈവമുണ്ട് മോളെ നിന്റെ ജീവിതത്തിൽ അവൻ നിന്നെ സ്നേഹിക്കുന്ന വിശ്വസിക്കാൻ മാത്രം ചെയ്യുക എല്ലാവല്ലാം മറക്കുക നമുക്ക് കർത്താവിലെങ്ങാനും ചേരാം നമുക്ക് ഒരുമിച്ച് യേശു എന്റെ വരാം യേശുനോട് പറയാം കർത്താവേ ഈ കാലം നാളുകളും മാസങ്ങളും ആണ്ടുകളും പാപത്തിന്റെ പാഴുകളിലായിരുന്നു ഞാൻ പോക്കിയത് എന്നാൽ ഇപ്പോൾ നിന്റെ ജീവധ്വനം കേൾക്കുകയാണ് എന്റെ കണ്ണിപ്പോൾ തെളിയുകയാണ് സത്യാനന്ദം ഉദിക്കുകയാണ് ഞാൻ ഇതാ പുതിയ സ്വബോധം പ്രാപിക്കുകയാണ് എന്നെ ഇതിന്റെ കരങ്ങളിലേക്ക് തരികയാണ് ദൈവത്തിന് സ്തോത്രം നിങ്ങൾക്ക് തീരുമാനിക്കാം ലോയ്യാ ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നില്ല സമർപ്പിക്കുന്നില്ല ഇപ്പോൾ സ്തുതിക്കുന്നില്ല അടുത്ത ഭാഗം കൂടി പെട്ടെന്ന് ഞാൻ പറയാൻ സമയം ഒരൽപ്പം മുന്നോട്ട് പോകുമായിരിക്കും സാരമില്ല ദൈവത്തിന് സ്തോത്രം ലൂക്കോസിന്റെ സുവിശേഷം ഏഴാം അധ്യായത്തിലാണ് കർത്താവിനെ ഒന്ന് സംശയിച്ചുപോയി അവിടെ നാം കാണുന്നത് എങ്ങനെയാണ് ദൈവത്തിന്റെ സ്തോത്രം പതിനെട്ടാം വാക്യം ഒരു വായിക്കാം ഇതൊക്കെയും യോഹന്യാന്റെ ശിഷ്യന്മാർ അറിയിച്ചു എന്നാറേ യോഹന്നാൻ തന്റെ ശിഷ്യന്മാരിൽ രണ്ടുപേരെയും വിളിച്ചു കർത്താവിന്റെ അടുക്കൽ വരുവാനുള്ളവൻ നീയോ അല്ല ഞങ്ങൾ മറ്റൊരു തന്നെ എന്ന് പറയിച്ചു ദൈവത്തിന് സ്തോത്രം യോഹന്നു സംശയം കാര്യം ദൈവത്തിനാണെന്ന് ഞാൻ സാക്ഷീകരിച്ചതാണ് കുഞ്ഞാ ദൈവ ഞാൻ സാക്ഷീകരിച്ചതാണ് ആത്മാവിൽ സ്നാനം തരുന്നതിനാണെന്ന് ഞാൻ തന്റെ സാക്ഷി പറഞ്ഞതാണ് ഇവൻ ഇവൻ ആത്മാവിൽ സ്നാനം തരുന്നവെന്ന് മാത്രമല്ല ഇവൻ മണവാളിനാണെന്ന് ഞാൻ സാക്ഷീകരിച്ചതാണ് ദൈവത്തിന്റെ സ്തോത്രം മാത്രവുമല്ല വേറൊരു കാര്യം കൂടി സാക്ഷീകരിച്ചു ഇവൻ ആത്മാവിൽ സ്നാനം തരുന്നവനാണ് ഇവൻ ഈ വിധികർത്താവായി വരുന്നവനാണ് ഇതൊക്കെ ഞാൻ പറഞ്ഞതാണ് സാക്ഷാദ് ദൈവമാണെന്ന് അംഗീകരിച്ചു തന്നെയാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞത് പക്ഷേ എന്നാൽ എന്നാൽ ഇപ്പോഴൊരു സംശയം പെട്ടെന്നൊരു സംശയം യോഹനസ്നാഹുവിന് ഞാൻ ഇങ്ങനെയെല്ലാം സാക്ഷീകരിച്ചിട്ട് എന്നെക്കുറിച്ചൊരു നല്ല വാക്കു ഒരിക്കലും പറഞ്ഞില്ലല്ലോ ഞാൻ ഈ കാരാഗ്രഹത്തിലായിട്ട് എന്റെ അടുക്കിലേക്ക് ഒന്ന് കന്ന് കാണാൻ തോന്നിയില്ലല്ലോ അന്ന് അന്ന് ഞാൻ ഇതാ ലോകത്തിന്റെ ഭാവത്തി തോന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെന്നൊക്കെ ഞാൻ പറഞ്ഞതല്ലേ ഞാൻ ഇവിടെ കഷ്ടപ്പാടി കിടക്കുകയാണ് ആർക്കും വേണ്ട കിടക്കുകയാണ് ഒരു കാര്യമുള്ള കാര്യത്തിനല്ലോ ഞാൻ ജയിലിലായത് ഒന്ന് തിരിഞ്ഞു നോക്കാൻ ഈ തോന്നിയില്ലല്ലോ ഒരു സംശയം സാക്ഷാ ദൈവമല്ലായിരിക്കുമോ ഞാൻ പറഞ്ഞു തെറ്റിപ്പോയോ ഞാൻ കാര്യം സാക്ഷീകരിച്ചതാണ് ഒരു സംശയം എന്റെ ദൈവത്തിന് സ്തോത്രം നിങ്ങൾ ശക്തമായി സാക്ഷ്യം പറഞ്ഞു സാക്ഷാൽ ദൈവത്തിന്റെ ആത്മാവ് തന്നെയെന്ന് പറഞ്ഞു നിങ്ങളൊരു സ്വന്തം കാര്യം വന്നപ്പോൾ നിങ്ങൾക്ക് അല്പം പൊള്ളലേറ്റപ്പോൾ അൽപ്പം നൊന്തപ്പോൾ നിങ്ങൾക്ക് തോന്നി ഇത് കർത്താവ് തന്നെയോ ദൈവത്തിന് സ്തോത്രം ഇത് പരിശുദ്ധാത്മാവ് തന്നെയോ സ്തോത്രം നിങ്ങൾ ഇടറാൻ തുടങ്ങി നിങ്ങളുടെ സംശയം ബലപ്പെടാനുള്ള പല പല പോയിന്റുകൾ പിശാചി തരാൻ തുടങ്ങി നോക്കണേ ത്രീയും ശക്തനും ഇത്രയും ആത്മീയ കരുത്തനും മല്ലനുമായ യോഗകൻ പോലും ഒരു സംശയ സമയത്ത് സംശയിച്ചുപോയി എന്റെ പ്രിയപ്പെട്ടവരെ ദൈവമക്കൾ ഓർത്തുകൊള്ളു ഇത് നമുക്കൊരു ചൂണ്ടു വലകയായിക്കൊള്ളണം നമുക്കൊരു കുറിവാക്യമായിക്കൊള്ളണം ദൈവത്തിന്റെ സ്തോത്രം ഒരു കാരണവശാലും സംശയത്തിനെല്ലാം ശനിക്കിടം കൊടുക്കരുത് അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് നേരേ ചോദിക്കേണ്ടതിനോട് ചോദിച്ചുകൊള്ളൂ യേശുവിനടുക്കൽ തന്നെ ശിഷ്യമാർ പറഞ്ഞു വിട്ടു വരുവാനുള്ളത് നീ തന്നെയാണോ നീ തന്നെയാണോ വരുവാനുള്ള മിശിക അതാ അതോ ഞങ്ങൾ വേറൊരു തന്നെ കാത്തിരിക്കണമോ ചോദിച്ചു വരുവാനുള്ള നീയോ അതോ ഞങ്ങൾ മറ്റൊരുത്തിനെ കാത്തിരിക്കണോ എന്ന് ചോദിച്ചു ഉടനെ അവര് യേശുവിന്റെ ഒക്കെ ചോദിച്ചു വിരുദ്ധമാക്കി ആ പുരുഷന്മാർ അവന്റെ അടുക്കൽ വന്നു വരുവാനുള്ളവൻ നീയോ അല്ല ഞങ്ങൾ മറ്റൊരു തന്നെ എന്ന് ചോദിപ്പാൻ യോഗനാഥ് സ്നാഭൻ ഞങ്ങളെ എന്ന് പറഞ്ഞു സ്തോത്രം ആ സമയം കർത്താവ് പെട്ടെന്ന് മറുപടി പറഞ്ഞില്ല സ്നാവകന്റെ ശിഷ്യന്മാരെ ചോദിച്ചു സംശയമായിട്ട് വന്നാൽ കർത്താവ് പെട്ടെന്ന് ചിലപ്പോൾ മറുപടി പറഞ്ഞെന്നു വരില്ല സൂക്ഷിക്കണം നിങ്ങൾക്കൊരു ചെറിയ സംശയത്തിന് ലാൻസിനെ വന്നാൽ കർത്താവ് ചിലപ്പോൾ മുഖത്തേക്ക് വരില്ല സൂക്ഷിക്കേണ്ടതാണ് ഈ കർത്താവ് മറുപടി ഒന്നും പറഞ്ഞില്ല കർത്താവ് തന്റെ വേല ചെയ്തുകൊണ്ടിരുന്നു സ്തോത്രം കേട്ടിട്ടുണ്ടോ നിങ്ങൾ ഈ സുന്ദർ ഡെൻമാർക്കിൽ ചെന്നു ഡെന്മാർക്കിൽ ചെന്നു ഡെൻമാർക്കിൽ ചെന്നപ്പോൾ അവിടെ ഡെൻമാർക്കിലെ രാജ്ഞി ആളുവിട്ടു ഒരു പടയാളിയെ വിട്ടു ഒരു ഉദ്യോഗസ്ഥനെ ഈ സുന്ദര സിംഗിനെ കൂട്ടിക്കൊണ്ടില്ലാൻ സുന്ദർ സിംഗ് അവിടെ ദൈവജനം പറഞ്ഞുകൊണ്ടിരിക്കുക കുറച്ചുപേർ താഴെ നിലത്തിരിക്കുന്നു സുന്ദര സിംഗ് നിലത്തിരുത്തടുക്കിലിരിക്കുന്നു പറഞ്ഞുകൊണ്ടിരിക്കുക ഉടനെ പറഞ്ഞു ദ കീൻ ഓഫ് ഡെൻമാർക്ക് വാൺസ് ടു മീറ്റ് യു ഡെൻമാർക്കിലെ രാജ്ഞി അങ്ങേ കാണാൻ ആഗ്രഹിക്കുന്നു എന്നാണ് ഉദ്യോഗസ്ഥൻ നിന്ന് പറഞ്ഞത് സുന്ദര സിംഗ് കാണിച്ചില്ല കേട്ടമായിട്ട് കാണിച്ചില്ല അവിടെ തന്നെ ഇരുന്നു വീണ്ടും അയാള് കുറേ നേരം നിന്നിട്ടൊന്നും മറുപടിയില്ലല്ലോ അദ്ദേഹം തിരിച്ചുപോയി ഒരു രണ്ട് ഉയർന്ന ഉദ്യോഗസ്ഥന്മാരെ കൂട്ടിക്കൊണ്ടുവന്നു ഉയർന്ന ഉദ്യോഗസ്ഥന്മാര് അവരെ കൊണ്ട് രാജ്ഞി പറഞ്ഞയച്ചു ഇത് തന്നെ പറയണം ദ ക്യൂൻ ഓഫ് ഡെൻമാർക്ക് വാട്സ് ട് മീറ്റ് യു എന്ന് ആ നിങ്ങളുടെ സ്ഥാനചിഹ്നങ്ങളൊക്കെ അണിഞ്ഞ് യൂണിഫോമൊക്കെ ആയിട്ട് ചെന്നാ മതി പറയാൻ പറഞ്ഞു അവരെ സ്ഥാനചിഹ്നങ്ങളോടുകൂടി യൂണിഫോമൊക്കെ ആയിട്ട് അവർ ചെന്നു പറഞ്ഞു ദ ക്യൂൻ ഓഫ് ഡെൻമാർക്ക് വാൺസ് ട് മീറ്റ് യു സുധീർ സിംഗ് കാണിച്ചില്ല സുധീർ സിംഗ് പിന്നെയും തുടർന്നു ദൈവത്തിന് സ്തോത്രം അത് കഴിഞ്ഞ് ചെന്ന് തിരിച്ചു ചെന്നു രാജ്ഞിയുടെ ചെന്നു അദ്ദേഹം തിരിഞ്ഞു നോക്കുന്നില്ല ഞങ്ങൾ നല്ല കരുതോടുകൂടെയാണ് പറഞ്ഞത് പക്ഷെ അദ്ദേഹം ശ്രദ്ധിക്കുന്നില്ല രാജ്ഞി പറഞ്ഞത് നിങ്ങൾ എങ്ങനെ ചെന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ അവരെ ഒരു കാര്യം പറഞ്ഞു വിട്ടു അവർ ചെന്നു പ്രാവശ്യം ചെന്ന് വളരെ വിനീതരായിട്ടാണ് വളരെ വിനീതരായിട്ട് എ സിന്നർ വാൺസ് ടു മീറ്റ് യു ഒരു പാപിക്ക് അങ്ങനെ കാണാൻ ആഗ്രഹമുണ്ട് സ്തോത്രം അങ്ങനെ എത്തുക പറഞ്ഞു വിട്ടത് യെ സിന്നർ വാൺസ് ടു മീറ്റ് യു ഒരു പാവിക്ക് അങ്ങയെ കാണാൻ ആഗ്രഹമുണ്ട് സുന്ദര സിംഗ് പറഞ്ഞുകൊണ്ടിരുന്ന് നിർത്തി ഉടനെ ചാടി എഴുന്നേറ്റു വേഗം വേഗം അവരുടെ കൂടെ പോയി ഡെൻമാർക്കിൽ രാജ്ഞിയുടെ അടുക്കൽ ചെന്നു രാജ്ഞിയോട് സംസാരിച്ചു പ്രിയപ്പെട്ടവരെ സുന്ദര സിംഗിന്റെ ജീവിതത്തിലുള്ളതാണ് ഞാനീ പറഞ്ഞത് ഓർക്കുക ഈ സംശയാലുക്കളായി അല്ലെങ്കിൽ അഹങ്കാരത്തോടെ ആരടുത്തു വന്നാലും കർത്താവ് ഗവനിക്കുകയില്ല സ്വർഗത്തിലെ ദൈവം അഹങ്കാരത്തെ ഒരിക്കലും ഗവനിക്കുകയില്ല ദൈവത്തിന് പൊറുക്കാൻ പറ്റുകയില്ല ദൈവ നിഗികളോട് എതിർത്ത് നിൽക്കുന്നു താഴ്മയുള്ളവർക്കോ ക്രമ നൽകുന്നു ക്രമ കിട്ടുന്ന താഴ്മയുള്ളവർക്കാണ് ഈ അന്നേരം കർത്താവതി ആ നാഴികയിൽ ആ നാഴികയിൽ അവൻ വ്യാധികളും ദണ്ഡങ്ങളും ദുരാത്മാക്കളും പിടിച്ച പലരെ സൌഖ്യമാക്കുകയും പല കുരുടന്മാർക്കും കാഴ്ച നൽകുകയും ചെയ്തിട്ട് അവരോട് കുരുടകർ കാണുന്നു മുടന്താർ നടക്കുന്നു കുഷ്ഠരോഗികൾ ശുദ്ധരായിത്തീരുന്നു ചെകിടർ കേൾക്കുന്നു മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നു ദരിജന്മാരോട് സുവിശേഷം അറിയിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് യോഹന്നാനെ ചെന്ന് അറിയിപ്പീൻ എന്നാൽ എങ്കിലിടറിപ്പോകാത്തവൻ ഭാഗ്യവാൻ എന്ന് ഉത്തരം പറഞ്ഞു നിങ്ങൾ ഇപ്പൊ കണ്ടതൊക്കെ ഞാൻ ചെന്ന് പറഞ്ഞാൽ കാണുന്നുണ്ട് മുണന്തർ നടക്കുന്നുണ്ട് ചെകിടർ കേൾക്കുന്നുണ്ട് രോഗികൾ ശുദ്ധമാകുന്നുണ്ട് നിങ്ങൾ ഈ കാണുകയും കേൾക്കുകയും ചെയ്തത് യോഹനിച്ചറിയിപ്പീൻ എനിക്ക് വേറെ എക്സ്പ്ലനേഷൻ ഒന്നുമില്ല കൂടുതൽ വിശദീകരണമൊന്നുമില്ല നിങ്ങൾ ഈ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് അവിടെ ആ സ്നാവകനെ ചെന്ന് അറിയിപ്പീൻ പക്ഷെ ഒരു കാര്യം കൂടി പറഞ്ഞേക്കണം എങ്കിൽ ഇടറിപ്പോകാതിരുന്ന നല്ലതാണ് ഇടറിപ്പോകാതിരുന്ന നല്ലതാണ് ഞങ്ങൾ ഇടറിപ്പോകാത്തവൻ ഭാഗ്യവാൻ സ്തോത്രം ഞാനാ ദേശങ്ങളിൽ വന്ന കൂട്ടായ്മക്കാരോട് ഞാൻ ഒരു വാക്ക് പറയും നിങ്ങൾ ആ ഇടർച്ചയ്ക്ക് ഏതം കൊടുക്കരുത് ഇടർച്ച വന്നു പോകരുത് ഒരിക്കലും ദൈവാത്മാവിനോട് ഇടർച്ച വരരുത് വളരെ ഭയത്തോടെ ചിന്തിക്കണം ദൈവത്തിന് സ്ത്രോത്രം ദൈവാത്മാവിനോട് ഇടർച്ച വരരുത് ദൈവാത്മാവിനെ സംശയിക്കരുത് ദൈവത്തിന്റെ ആത്മാവിനെ ചോദ്യം ചെയ്യരുത് കഴിഞ്ഞ ദിവസം വന്ന് ആരോടോ ഞാൻ പറഞ്ഞു ഇനി പറഞ്ഞു തരുന്നത് ആത്മാവ് പറയുന്നതാണോ അല്ലയോ നമുക്ക് അറിയാൻ പാടില്ല ശരി നിങ്ങൾ അത് ആ പറഞ്ഞു ദൈവത്തിന്റെ ആത്മാവ് അല്ല ആ ദൈവം അമ്മ ചോദിക്കും അത് ദൈവം ചോദിക്കും പക്ഷെ നിങ്ങളങ്ങനുസരിച്ചേക്ക് മനസ്സിലായോ ദൈവം വെറുതെ നോക്കിയിരിക്കില്ല ദൈവത്തിന് മുഖപക്ഷമില്ല ദൈവത്തിന്റെ ആത്മാവിലല്ലാത്തൊരു നിർദ്ദേശം ഒരു ദൈവദാസൻ തരുന്നതെങ്കിൽ ഒരു ദൈവദാസൻ ദൈവത്തിന്റെ ആത്മാവിലല്ലാതെ സ്വന്തം ജഡത്തിൽ നിന്ന് സ്വന്തം ഇഷ്ടത്തിൽ നിന്നൊരു നിർദ്ദേശം തരികയാണെങ്കിൽ ദൈവവന് വെറുതെ വിടില്ല മുഖപക്ഷമില്ലാത്ത ദൈവം അവനോട് ഇടപെടും കർക്കശമയം ഇടപെടും സംശയിക്കേണ്ട എന്നാൽ അത് ദൈവത്തിന്റെ ആത്മാവിൽ അല്ല എങ്കിൽ തന്നെയും നിങ്ങൾ അനുസരിച്ചാൽ നിങ്ങൾക്ക് നഷ്ടമൊന്നുമില്ല നഷ്ടം വരില്ല സംശയിച്ചാലോ നിങ്ങൾക്ക് നഷ്ടം വരും സ്തോത്രം എന്നലെങ്കിൽ ഇടറിപ്പോകാത്തവൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞു സ്തോത്രം അപ്പോൾ ഇതിന് പിന്നെ പറയുന്നെന്തോ യോഹന്ന ദൂതന്മാർ പോയ ശേഷം അവൻ പുരുഷാരത്തോടെ യോഹനാനെ കുറിച്ചാണ് പറഞ്ഞു നിങ്ങൾ എന്ത് കാണുമാൻ മരുഭൂമിയിലേക്ക് പോയി നിങ്ങൾ എന്ത് കാണുമ്പോൾ മരുഭൂമിയിലേക്ക് പോയത് അവിടെ ഉള്ളവരോട് പറയുക കാറ്റിനാൽ ഉലയുന്ന ഓടയോ കാറ്റിനാൽ ഒരു ഓടയാണോ അല്ല എന്ത് കാണുമാൻ പോയി അല്ല എന്ത് കാണുമാൻ പോയി മാർദ്ദവസ്ത്രം ധരിച്ച മനുഷ്യനെയോ മാർദ്ദവസ്ത്രം ധരിച്ചൊരു മനുഷ്യനെ കാണാനാണോ നിങ്ങൾ പോയത് മോഴിയുള്ള വസ്ത്രം ധരിച്ച സുഖഭോഗികളായി നടക്കുന്നവർ രാജധാനികളിൽ അത്ര രാജധാനികളിലാണ് സുഖഭോഗികളായി നടക്കുന്നവർ നല്ല മോഡികൾ വസ്ത്രം ധരിച്ച് ജീവിക്കുന്നവര് അങ്ങനെയുള്ള അവരെ കാണാൻ യോഹന്നാസ് നവ് ആവശ്യമില്ല നിങ്ങൾ വലിയ ആഡംബരവും പ്രൌഢിയും ഉള്ള ഇടത്തേക്ക് പോയി കാണാൻ നോക്കണ്ട അല്ല എന്ത് കാണുമാൻ പോയി അല്ല എന്ത് കാണുമാൻ നിങ്ങൾ പോയി ഒരു പ്രവാചകനെയോ അതെ പ്രവാചകനിൽ മികച്ചവനെ തന്നെ ഒരു പ്രവാചകനെ കാണാനാണ് പോയത് ഞാൻ നിങ്ങൾ പറഞ്ഞു തരാം പ്രവാചകനിൽ മികച്ചവനാണവൻ തന്നെ സംശയിച്ചെങ്കിലും യേശു യോഹന്നാനേയും മാനിച്ചു തന്നെ സംശയിച്ചെങ്കിലും തന്നെക്കുറിച്ച് ഇടർച്ച ഹൃദയത്തിൽ തോന്നിയെങ്കിലും നേരേ അക്കാര്യം സംശയം തുറന്നു പറയാൻ യോഹന്നാൻ സ്നാവൻ തയ്യാറായതുകൊണ്ട് ദൈവം പറഞ്ഞു നിങ്ങൾ പ്രവാചകനിൽ മികച്ചവൻ എത്രയേ പറഞ്ഞു പിന്നെ പറഞ്ഞു ഞാനെന്റെ ദൂതനെ നിനക്ക് മുമ്പായി അയയ്ക്കുന്നു അവൻ തന്നെ മുമ്പിൽ നിനക്ക് വഴിയൊരുക്കും എന്ന് എഴുതിയിരിക്കുന്നത് അവനെ സാക്ഷാൽ ക്രിസ്തുവിന് വഴിയൊരുക്കുവാനായി ഐക്യപ്പെട്ടവൻ അവൻ തന്നെയാകുന്നു സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നേക്കാൾ വലിയ സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാവനേക്കാൾ വലിയവൻ ആരുമില്ല എന്റെ ദൈവത്തിന് സ്തോത്രം ദൈവമക്കളെ മനസ്സിലാക്കൂ കരുണയുള്ള കർത്താവ് അതുകൊണ്ട് യോഹന്ന വിലയിടിച്ച് കണ്ടില്ല യോഹന്നസ്നാവനെ മാനിച്ച് തന്നെ കർത്താവ് സംസാരിച്ചു കർത്താവിന് ആരെയെക്കുറിച്ച് മുഖപക്ഷമില്ല കർത്താവിന് മുൻവിധിയില്ല കാരണം കർത്താവ് ദൈവമാണ് കർത്താവ് കർത്താവാണ് ദൈവത്തിന് സ്തോത്രം എല്ലാം നേരെയേ നേരെയെ കാണുന്ന ക്രിസ്തു ഒന്നും ഒന്നും അല്പം പോലും കൂട്ടിയോ കുറച്ചോ കാണാതെ ശരിയായ രീതിയിൽ കാണുന്ന ക്രിസ്തു യോഹന്നസ്നാവനെക്കുറിച്ച് പറഞ്ഞു പ്രവാചകരിൽ മികച്ചവനാണവൻ അവൻ സ്ത്രീകളിൽ ജനിച്ചവരിൽ ഏറ്റവും ഉന്നതനാണവൻ ഇവനേക്കാൾ വലിയവനായിട്ട് ഈ ഭൂമിയിൽ ആരുമില്ല എന്ന് യോഹന്നാവനെക്കുറിച്ച് ക്രിസ്തു പറഞ്ഞു സ്നാവനോട് പറഞ്ഞതോ എങ്ങൾ എറിപ്പോകാത്തവൻ ഭാഗ്യവാൻ എന്ന് ദൈവത്തിന് സ്തോത്രം ആത്മാവ് ഇടപെടുന്ന വിധങ്ങൾ നോക്കൂ ആത്മാവ് ഇടപെടുന്ന വിധങ്ങൾ നോക്കൂ ആ വ്യക്തിയോട് അയവില്ലാതെ സംസാരിച്ചു പക്ഷെ മറ്റുള്ളവരുടെ ആ വ്യക്തിയെക്കുറിച്ച് വളരെ ഉയർന്ന അലത്തിൽ സംസാരിച്ചു ദൈവത്തിന് സ്തോത്രം സാക്ഷാൽ ദൈവത്തിന്റെ സ്നേഹം ദൈവത്തിനാരോടും പക്ഷഭേദമില്ല കരുണയുള്ള കർത്താവിന് ആരോടും പക്ഷഭേദമില്ല നമുക്ക് നാലാമത്തെ കാര്യത്തിലേക്ക് വരാം യോഹനസ്നാവൻ ഏലിയ പ്രവാത ശക്തിയോട് വന്നു ഏലിയ പ്രവാതന യോഹനസ്നാവൻ എന്നുള്ളതായ സാദൃശ്യങ്ങൾ എന്തെല്ലാം ഒന്ന് രണ്ടുപേരും താമസന്മാരെ പോലെയായിരുന്നു ഏരിയ പ്രവാചകൻ താമസ ശ്രേഷ്ഠനായിരുന്നു വനത്തിൽ താമസിക്കുന്നവനായിരുന്നു അതുപോലെ യോഹനസ് നാവകൻ എസ് എൻ എലിൽ വനത്തിൽ താമസിക്കുന്ന താമസന്മാരിൽ ഒരുവനായിരുന്നു യോഹനസ് നാവകൻ താമസ ശ്രേഷ്ഠനായിരുന്നു രണ്ടാമത്തെ കാര്യം രണ്ടുപേരും ലളിത ജീവിതം നയിക്കുന്നവരായിരുന്നു ഒരു ആഡംബര ജീവിക്കുന്നവരായിരുന്നില്ല രണ്ടുപേരും രണ്ടുപേരും അവരുടെ വേഷങ്ങളെല്ലാം ഏതാണ്ട് ഒരുപോലെയായിരുന്നു ഒരാള് വെട്ടുക്കിളി ഈ കാട്ടിൽ കൂടി പറഞ്ഞു കിടക്കുന്ന ഒരുതരം ഗുരുതരം ഈ വീട്ടിൽ പോലത്തെ ചെറിയ ജീവി അതിന്റെ അത് കാട്ടുതേനും കഴിച്ചിരുന്നു വെട്ടുക്കിളി എന്ന് പറയുന്നത് അതല്ല അതൊരുതരം നല്ല ഒരു വെജിറ്റബിളാണ് എന്ന് പറയുന്ന ഈ വേദവ്യാഖ്യാനങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട് പക്ഷേ ഞാന് അടുത്ത സമയത്ത് വായിച്ച വർൻ വിസ് പുസ്തകത്തിൽ അത് വെട്ടിക്കളി എന്ന് പറയുന്ന ഈ വീട്ടിൽ തന്നെയാണ് ഗ്രാസവോപ്ര തന്നെയാണ് ഈ പച്ചപ്പശു എന്നൊക്കെ പറയുന്നത് പോലത്തെ ഏത് ഒരുതരം ചെറിയ ജീവിയാണ് എന്നാണ് ആ ദേഹത വ്യാഖ്യാതെ എഴുതിയിരിക്കുന്നത് ദൈവത്തിന് സ്തോത്രം ഏരിയാ പ്രവാചകൻ ഒറ്റയ്ക്ക് താമസിച്ചപ്പോൾ അദ്ദേഹം കാക്ക കൊണ്ടുവരുന്ന ആഹാരം കഴിച്ചു കാക്ക കൊണ്ടുവരുന്ന ആഹാരത്തിന് വേണ്ടി കാത്തിരുന്നു രണ്ടുപേരും ഏകാകളായിരുന്നു അവർക്ക് കുടുംബജീവിതം ഉണ്ടായിരുന്നില്ല ഭാര്യ ഉണ്ടായിരുന്നില്ല ഏകാകളായി ഒറ്റയ്ക്ക് അവരെ കഴിഞ്ഞിരുന്നു മാത്രമല്ല രണ്ടുപേരും അവരെ അവരുടെ ശത്രുക്കളായിട്ട് രണ്ട് സ്ത്രീകളുണ്ടായിരുന്നു ഏലിയ പ്രവാചന ശത്രുവായിട്ടുണ്ടായിരുന്ന സ്ത്രീയുടെ വേദങ്ങൾക്കറിയാമോ ഈസബേൽ എന്ന രാജ്ഞി രാജാവിന്റെ ഭാര്യ അതുപോലെ തന്നെ ശത്രുവായ സ്ത്രീ ഹേരോധ രാജാവിന്റെ വെപ്പാട്ടിയായ ഹേരോദ്യ രണ്ടുപേരും ഈ രണ്ടുപേരും സ്ത്രീകളും ഭർത്താവിനെ പാവ് ഈസബേൽ ഭർത്താവായ ആഹാബിനെ പാവ് പോലെയാക്കി ഭർത്താവായിട്ട് അഭിനയിക്കുന്ന മനുഷ്യനായ ഹേരോധരാജാവിനെ പാവപോലെയാക്കി മാത്രമല്ല ഈ സ്നാവകനും രണ്ടുപേരും ധീരരായിരുന്നു അതുമാത്രവുമല്ല രണ്ടുപേരും രണ്ടുപേരും രണ്ടുപേരും കൊല ചെയ്യപ്പെട്ടു ഏലിയ പ്രവാചകൻ ഏലിയ പ്രവാചകന്റെ കാലത്ത് നാബോത്ത് കൊല ചെയ്യപ്പെട്ടു നാബോത്ത് കൊല ചെയ്യപ്പെട്ടു യോഹനാഥസ്നാവകൻ സ്നാവകൻ തന്നെ കൊല ചെയ്യപ്പെട്ടു നാബോത്തിനെ ആഹാവരാജാവ് കൊലപാതകിയായി സ്നാവകനെ കൊന്ന് ഹെരോദാവും കൊലപാതകിയായി രണ്ടുപേരും ഒരു സമയത്ത് ജീവിതത്തിൽ തളർന്നുപോയി ഏലിയാപ്രവാചകൻ കർമ്മയിലെ തീയിറക്കിയതിനുശേഷം ഏലിയാപ്രവാചകൻ വളരെ വേഗം വളരെ വേഗം ഓടിപ്പോയി മരുഭൂമിയിൽ മരിച്ചാൽ മതിയെന്നോർത്ത് അങ്ങനെ തളർന്നുകിടന്നു ഏലിയാപ്രവാചകൻ ക്ഷീണിച്ചുപോയി ഏലിയാവൊരിക്കൽ ക്ഷീണിച്ച് തളർന്നുപോയി അതുപോലെ തന്നെ യോദ സ്നാവകനും ശുശ്രൂഷയുടെ മധ്യത്തിൽ ക്ഷീണിച്ച് തളർന്നുപോയി യേശു വരുവാളുള്ളവൻ തന്നെയോ എന്ന് സംശയിച്ചുപോയി ദൈവത്തിനു സ്തോത്രം യോഹനാസ്നാവകൻ രക്തസാക്ഷിയായി ഏലിയാവ് രക്തസാക്ഷി ഇനി ആകാൻ പോകുന്നു അതെന്താണ് വെളിപ്പാട് പുസ്തകം അധ്യായം വായിക്കുമ്പോൾ ഈ രണ്ടുപേരും അവര് ഏലിയാപ്രവാചനും മോശയും ഇനിയും വരും എന്ന് കാണിക്കുന്നുണ്ട് അത് വെളിപ്പാട് പുസ്തകത്തിന്റെ വ്യാഖ്യാനത്തിൽ നാം പഠിച്ചതാണ് നാം വായിച്ചതാണ് ദൈവത്തിന് സ്തോത്രം വെളിപ്പാട് പുസ്തകം പതിനൊന്നാം അധ്യായത്തിൽ അന്ത്യക്രിസ്തുവിന്റെ കാലത്ത് അല്ലെങ്കിൽ എതിർ ക്രിസ്തുവിന്റെ കാലത്ത് രണ്ട് സാക്ഷികൾ എഴുന്നേൽക്കും എന്ന് പറഞ്ഞിരിക്കുന്നത് ഒന്ന് മോശയാണ് മറ്റൊന്ന് ഏലിയാവാണ് അവരെ വെട്ടപ്പെട്ട് അന്ത്യക്രിസ്തു എന്ന് പറയുന്ന ആന്റി എതിർക്രിസ്തു അവരെ വെട്ടി അവിടെ എറുസ്ലേമിന്റെ എറുസ്ലേമിന്റെ തെരുവ് അവരുടെ ശവം അവിടെ കിടക്കും മൂന്നര ദിവസം കിടക്കും എന്നിട്ടോ ആരുമടക്കാനല്ലാതെ ആ ശവശരീരം മൂന്നു ദിവസം കിടക്കും ദൈവത്തിന്റെ സ്തോത്രം എന്നാ ജീവികളുടെ ദൈവത്തിന്റെ ശബ്ദം കേട്ട് ആ ശശരീരം ഉയർത്തെഴുന്നേൽക്കും എന്നെല്ലാം നാം തിരുവചനത്തിൽ വായിക്കുന്നു പ്രിയപ്പെട്ടവരെ ഞാൻ തിരുക്കത്തിൽ പറഞ്ഞു പോകട്ടെ രണ്ടുപേരും രണ്ടുപേരും രക്തസാക്ഷികളാകുന്നു വീണ്ടും അടുത്ത കാര്യം വരുവാനുള്ള ഏരിയ ഇവൻ തന്നെ മലാഹിപ്രവാച പുസ്തകം നാലാമധ്യായം അഞ്ച് ആറ് വാക്യങ്ങൾ മലാഹിപ്രവാച പുസ്തകം നാലാമധ്യായം അഞ്ച് വാക്യങ്ങൾ ഭയങ്കരവുമായ നാൾ വരുന്നതിന് മുമ്പേ ഞാൻ നിങ്ങൾക്ക് എല്ലാ പ്രവാചനയായിരിക്കും ഞാൻ വന്ന ഭൂമിയെ സംഹാരശപം കൊണ്ട് ദണ്ഡിപ്പിക്കാതിരിക്കേണ്ടതിന് അവൻ അപ്പന്മാരുടെ ഹൃദയം മക്കളോടും മക്കളുടെ ഹൃദയം അപ്പന്മാരോടും നിരപ്പിക്കും ദൈവത്തിന് സ്തോത്രം ഭിന്നിച്ചിരിക്കുന്നവരെ ഒന്നിപ്പിക്കും ഭിന്നിച്ചുപോയ അപ്പനെയും യോജിപ്പിക്കും പ്രിയപ്പെട്ടവരെ ഓർക്കുക ദൈവത്തിന് സ്തോത്രം അപ്പന്മാരുടെ ഹൃദയം മക്കളോടും മക്കളുടെ ഹൃദയപ്പന്മാരോട് നിരപ്പിക്കും ദൈവത്തിന് സ്തോത്രം ഏലിയ പ്രവാചകനായിക്കും ഇന്നിത കർത്താവിന്റെ രണ്ടാമത്തെ വരവാറായിരിക്കുന്നു യേശുക്രിസ്തു വീണ്ടും വരും ഈ യോഹന്ന സ്നാവകൻ അതേ ഏലിയാ പ്രവാചകൻ പ്രവാചകന്റെ അതേ ആത്മാവ് അത് ഇന്ന് യേശുക്രിസ്തുവിനുവേണ്ടി ഒരു സഭയെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു വിശുദ്ധജനത്തെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു അന്ന് യോഹന്ന സ്നാവകൻ കർത്താവിന്റെ പരവിന് വേണ്ടി കർത്താവിന്റെ പരശുശ്രൂഷയ്ക്ക് വേണ്ടി യേശുക്രിസ്തുവിന്റെ വരവിന് വേണ്ടി അന്നത്തെ സമൂഹത്തെ ഒരുക്കി കർത്താവിനെ വഴിയൊരുക്കി എന്നാൽ ഇന്ന് ഇന്ന് ഇതായ യോഹനസ്താവകന്റെ അതേ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് വിശ്വാസികളായ നാം ഓരോരുത്തരുമാണ് യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിന് ഒരു കൂട്ടം ജനത്തി ഒരുക്കുക അതാണ് നമ്മുടെ ശുശ്രൂഷ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ അതാണ് സ്തോത്രം നിങ്ങൾ ചിന്തിക്കരുത് എനിക്ക് ശുശ്രൂഷയൊന്നും ഇല്ല എന്ന് എനിക്ക് വേലയില്ല എന്ന് നിങ്ങൾ ചിന്തിക്കരുത് എനിക്ക് കഴിവില്ലായെന്ന് ചിന്തിക്കരുത് ഞാൻ എന്ത് വേല ചെയ്യാനാണ് ഈ പ്രസംഗം എനിക്ക് അറിഞ്ഞുകൂടാ ഒരു സാക്ഷി പറയാൻ പോലും കഴിവില്ല ഞാൻ എണീറ്റിൽ നിന്ന് ഒന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോലും എനിക്ക് കഴിവില്ല ഞാൻ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ എന്റെ ശരീരം നിറയ്ക്കും ഞാൻ എനിക്ക് കഴിവില്ല ദൈവത്തിന്റെ സ്തോത്രം പ്രിയപ്പെട്ടവരെ പറയട്ടെ ആദ്യകാലത്ത് പ്രാർത്ഥന തുടങ്ങിയ കാലത്ത് ഞാൻ പതിനേഴാമത്തെ വയസ്സിൽ മാനസം നിലപ്പെട്ട് കഴിഞ്ഞ് ഞങ്ങൾ വലമ്പൂർ പള്ളിയിൽ പള്ളിയകത്ത് ഓട്ടമിട്ടിരിക്കും രാത്രി ശനിയാഴ്ച രാത്രി പ്രാർത്ഥന യോഗത്ത് വന്നാൽ ഞങ്ങൾ എന്റെ ഇട്ടുകൊത്ത് ഒരുമിച്ചിരിക്കും അന്ന് ഉള്ളതിൽ ഇപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഔറാചയുന്ന എൻ ടി എ പറഞ്ചേട്ടനുണ്ട് എം ബി ഓനഞ്ചേട്ടൻ ഇന്നലെ സാക്ഷി പറഞ്ഞ എം ബി ഓനാചേട്ടനുണ്ട് പിന്നെ ചിലപ്പോൾ വീട്ടിൽ തിങ്കളാഴ്ച യോഗത്തിന് വരാറുള്ള ടി സി ആക്കു ചേട്ടനുണ്ട് ഇങ്ങനെ മൂന്നുപേരെ ഇന്ന് ഭൂമിയിൽ മറ്റേ ജീവനോട് ഇരിക്കുന്നുള്ളൂ ബാക്കിയുള്ളവരെല്ലാവരും കടന്നുപോയി ദൈവത്തിന് സ്തോത്രം സഹോദരങ്ങളെ ഞാൻ ഇതൊക്കെ പറയുമ്പോൾ ഞാൻ ചിന്തിക്കും ഏതാനും ആൾ കഴിയുമ്പോൾ ഇതാ വീണ്ടും ഇനിയൊരവസരത്തിൽ പറയുമ്പോൾ ആ ആളും കടന്നുപോയി എന്ന് എന്നെക്കുറിച്ചും പറയാനിടയാകും ദൈവത്തിന്റെ സ്തോത്രം നമ്മൾ ഓരോരുത്തരും അങ്ങനെയാണ് ക്ഷണികമായ കാലം അന്ന് മാന്യന്മാരും ശ്രേഷ്ഠന്മാരുമായിരുന്ന പല കർത്തൃദാസന്മാരും എത്രയോ ആത്മീയ മാലിന്യന്മാരായിരുന്നവർ അവര് പ്രാർത്ഥനാവീരന്മാരായിരുന്നവർ അവർ പലരും കടന്നുപോയി ദൈവത്തിന്റെ സ്തോത്രം സഹോദരങ്ങളെ ഞങ്ങൾ വട്ടമുട്ടിയിരിക്കും എല്ലാവരും തനത് പ്രാർത്ഥന പ്രാർത്ഥിക്കണം എക്സ്റ്റംപർ പ്രിയർ എല്ലാവരും ധ്യാന പ്രാർത്ഥന പ്രാർത്ഥിക്കണം അത് നിർബന്ധമാണ് മുറപ്രകാരമുള്ള ആ സമയത്ത് വ്യാമപാർത്ഥനയുണ്ടല്ലോ കൌമ പ്രാർത്ഥന അതെല്ലാം കഴിഞ്ഞതിനു ശേഷം പിന്നെ ഓരോരുത്തരും തനിയെ ഇരുന്ന് പ്രാർത്ഥിക്കണം ദൈവത്തിന് സ്തോത്രം അധികം പേരില്ല പത്തോ പന്ത്രണ്ടോ പേരേറ്റേ ഉള്ളൂ ഞങ്ങൾ ഒരാൾ പ്രാർത്ഥന അടുത്തയാൾ പ്രാർത്ഥിച്ചേ പറ്റൂ ഞാനിരുന്ന് വിറച്ചിട്ടുണ്ട് എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയാൻ പാടില്ല പ്രാർത്ഥിക്കാൻ അറിയാൻ പാടില്ല പ്രാർത്ഥിക്കാൻ നേരത്ത് എനിക്ക് വിറവ വരും മറ്റുള്ളവർ ഒക്കെ പ്രാർത്ഥിക്കുന്ന പോലെ എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയാൻ പാടില്ല അന്ന് വളരെ സുന്ദരമായിട്ട് വളരെ ഹൃദ്യമായിട്ട് വേദവാക്യങ്ങളൊക്കെ ഉദ്ധരിച്ച് ഈ ഒരാസേന ഒക്കെ പ്രാർത്ഥിക്കും എനിക്കറിയാൻ പാടില്ല എന്റെ ദൈവമേ എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയാൻ പാടില്ലല്ലോ പിന്നെ ഞാനും വിക്കി വിക്കിയൊക്കെ എന്തായാലും പറയും എന്റെ ദൈവത്തിന് സ്തോത്രം ഇത് ഭംഗിവാക്കൊന്നും പറയല്ല സത്യമാണ് ഈ പറയുന്നത് എനിക്കറിയാൻ പാടില്ലായിരുന്നു പ്രാർത്ഥിക്കാൻ നിങ്ങളും പ്രാർത്ഥന തുടങ്ങണം എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളും പറയും ഈ സാക്ഷ്യം പറയാൻ കഴിവില്ല എനിക്ക് പേടിയാകും എനിക്ക് പറയാൻ കഴിവില്ല എനിക്ക് പ്രസംഗം അറിയാൻ പാടില്ല അങ്ങനെ നിങ്ങൾ പറയണ്ട നിങ്ങൾ നിങ്ങൾ അതിനുവേണ്ടി ഒരുങ്ങുക അതിനുവേണ്ടി ഒരുങ്ങുക അതിനുവേണ്ടി പ്രാർത്ഥിക്കുക അതിനുവേണ്ടി പഠിക്കുക ആത്മാവിൽ ഒരുക്കത്തോടുകൂടി നിങ്ങളുടെ ജീവിതം ക്രിസ്തിന് കൊടുക്കുക നിങ്ങൾ അത് അലസരായിട്ടിരിക്കരുത് ദൈവത്തിന്റെ സ്തോത്രം നമ്മുടെ വേല വലിയതാണ് വിശാലമായ വേല എന്റെ ദൈവത്തിന്റെ സ്തോത്രം ഈ വർഷത്തെ വൈവക്ലാസ് തീരുന്നതിന് മുൻപ് എനിക്കത് നിങ്ങളോട് പ്രത്യേകിച്ച് പറയാൻ താൽപ്പര്യമുണ്ട് നിങ്ങൾ ഓരോരുത്തരും ഓരോ മിഷണറിയാകണം നിങ്ങൾ ഓരോരുത്തരും ഓരോ സുവിശേഷകനാകണം നിങ്ങൾ ഓരോരുത്തരും ഓരോ സാക്ഷിയാകണം ദൈവത്തിന്റെ സ്തോത്രം പ്രിയപ്പെട്ടവരെ ഈ ചെറുപ്പക്കാരോട് വീണ്ടും ആവർത്തിച്ചു പറയാനുണ്ട് നിങ്ങൾ വേണം ഈ വേല ഏറ്റെടുക്കാൻ ദൈവത്തിന്റെ സ്തോത്രം എന്റെ കർത്താവിൻ രണ്ടാമത്തെ വരവ് നിങ്ങൾ വേണം ഈ വേല നടത്തിക്കൊണ്ടുപോകാൻ സ്തോത്രം നിങ്ങൾ വീര്യത്തോട് എഴുന്നേൽക്കണം പുതിയ സമർപ്പണത്തോട് എഴുന്നേൽക്കണം ദൈവത്തിന്റെ സ്തോത്രം ദൈവത്തിന്റെ വലിയ നാമം മുഹൂത്ത്പ്പെടട്ടെ നിങ്ങൾ വേദപുസ്തകം പഠിക്കണം നല്ല പോലെ വായിക്കണം ഒരു ദിവസം നിങ്ങൾ വേദപുസ്തം വായിക്കാതെ കിടന്നുറങ്ങാൻ നിർബന്ധമാക്കണം ദൈവത്തിന സ്തോത്രം ബൈബിൾ നിങ്ങളുടെ നിധിയാക്കി മാറ്റണം ബൈബിൾ നിങ്ങളുടെ നിക്ഷേപമാക്കി മാറ്റണം വേദപുസ്തകം വായിക്കണം പോരാ വേദപുസ്തകം പഠിക്കണം കൂട്ടായ്മ യോഗങ്ങൾ മുടക്കരുത് യാഥാ ദേശത്തുള്ള നമ്മുടെ കൂട്ടായ്മ യോഗങ്ങൾ നിങ്ങൾ മുടങ്ങാതെ നിങ്ങളത് പങ്കാളികളാകണം നിങ്ങൾ അതിനകത്ത് പൂർണമായ സ്നേഹത്തോടെ ചേർന്ന് നിൽക്കണം ദൈവത്തിന സ്തോത്രം നിങ്ങൾക്ക് തീർച്ചയായും ഇടയ്ക്കിടയ്ക്ക് വീണ്ടും വീണ്ടും വരാമല്ലോ രണ്ടാം ശനിയാഴ്ച യോഗത്തിനോട് വരാമല്ലോ ഈ ശുശ്രൂഷ ഇപ്പോഴൊന്ന് അവസാനിപ്പിക്കണമല്ലോ നിങ്ങളെങ്ങനെ അവസാനിപ്പിക്കാനാണ് നിങ്ങളുടെ ആഗ്രഹം എന്റെ കർത്താവിന് സ്തോത്രം എങ്ങനെ ഇത് തീർക്കാനാണ് നിങ്ങളുടെ ആഗ്രഹം ഈ വൈവ് ക്ലാസ് എങ്ങനെ നമുക്ക് അവസാനിപ്പിക്കണം യോഹന്നാഥസ് നാഹനെ കുറിച്ച് അന്നം പഠിച്ചു അല്ലെ കുറെ കാര്യങ്ങൾ പഠിച്ചു എല്ലാം ഒന്നും മനസ്സിൽ തങ്ങിയില്ല സാരമില്ല എന്നാൽ യോഹന്നാഥസ്നാഭൻ ചൂണ്ടിക്കാണിച്ച ഒരു യേശുണ്ട് ആ യേശുവിനെ നിങ്ങൾ കണ്ടാൽ മതി ആ യേശുവിനെ ഭാവിയായി ഞാനും ഇപ്പോൾ എന്റെ എളിമയിൽ ഞാനും ചൂണ്ടിക്കാണിക്കാൻ ശ്രമിച്ചതാണ് സുവിശേഷമാർ ആ യേശുവിനെയാണ് ഓരോ ദിവസവും ചൂണ്ടിക്കാണിച്ച് തന്നത് സാക്ഷ്യം പറഞ്ഞവരെല്ലാവരും ആ യേശുവിനെയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നത് എന്റെ ദൈവത്തിന് സ്തോത്രം നിങ്ങൾ യേശുവിനെ വെറുതെ ഇട്ടിട്ട് പോകരുത് വെറുതെ വിട്ടിട്ട് പോകരുത് സ്ത്രോത്രം വെറുതെ വിട്ടിട്ട് നിങ്ങളെ ഒറ്റയ്ക്ക് പോകരുത് യേശു അങ്ങനെ നോക്കി നിൽക്കുകയാണ് ദൈവത്തിന്റെ സ്തോത്രം യോഹനാന്റെ സുവിശേഷം ഏഴാമധ്യായത്തിന്റെ ഒടുവിലത്തെ വാക്യം അങ്ങനെ ഓരോരുത്തൻ താൻ താന്റെ വീട്ടിലേക്ക് പോയി ഓരോരുത്തൻ താനന്താന്റെ വീട്ടിലേക്ക് പോയി എട്ടാമധ്യാദിനൊന്നാവാക്യം യേശുവോ ഒലിയുമലയിലേക്ക് പോയി അതെന്താ യേശു ഒലിമലയിലേക്ക് പോയത് യേശുവിന് പോകാൻ വേറെ താന്താന്റെ വീടില്ല സ്വന്തം വീടില്ല ഇപ്പോ എന്റെ വീടില്ലാത്ത യേശു സ്തോത്രം ഓരോരുത്തൻ താന്താന്റെ വീട്ടിലേക്ക് പോയി യേശുവോ ഒലിയുമലയിലേക്ക് പോയി അയ്യോ എന്റെ കർത്താവെ ആരും കൊണ്ടുപോയില്ലേ യേശുവിനെ ആ കണ്ണുകുടൻ കാഴ്ച പ്രാപിച്ചതല്ലേ ഒന്ന് യേശുവിനെ ആ കുഷ്ഠരോഗി അതിന് സൌഖ്യം കിട്ടിയതല്ലേ യേശുനെ വിളിക്കാമായിരുന്നല്ലോ പന്ത്രണ്ട് കൊല്ലമായി രക്തവാർച്ചയുണ്ടായിരുന്ന സ്ത്രീ അവൾക്ക് യേശുവിനെ ക്ഷണിക്കാമായിരുന്നല്ലോ എന്റെ ദൈവമേ എന്റെ ഭർത്താവെ എന്റെ യേശുവെ ആ പതിനെട്ട് കൊല്ലം കൂനി നടന്ന സ്ത്രീക്ക് യേശുവിനെ അവടെ വീട്ടിലേക്ക് വിളിക്കാമായിരുന്നല്ലോ യേശുവെ നീ ഒറ്റയ്ക്ക് നിൽക്കേണ്ട എന്റെ കൂടെ പോരേന്ന് പറയാമായിരുന്നല്ലോ മുപ്പത്തെട്ട് കൊല്ലം വേദസ്താക്കളക്കരയിൽ തളർന്നു കിടന്നവന് യേശുവിനെ വിളിക്കാമായിരുന്നല്ലോ യേശുവെ നീ ഒറ്റയ്ക്ക് ഇവിടെ നിൽക്കണ്ട ഞാൻ എന്റെ കൂടെ പോരാമോ ഒന്ന് ആരും വിളിച്ചില്ല ഓരോരുത്തരും താൻ താൻറെ വീട്ടിലേക്ക് പോയി യേശുവോ ഒലി വലയിലേക്ക് പോയി എന്റെ സ്നേഹിതരെ യേശുവോ ഒലിമലയിലേക്ക് പോയി ഞാൻ വിചാരിക്കുന്നത് എല്ലാവരും പോയി തീരുന്നതുവരെ എന്റെ യേശു അങ്ങനെ നോക്കി നിന്നു എല്ലാവരും പോയിത്തീരുന്നതുവരെ യേശു അവിടെ തന്നെ നിന്നു ഹാല എന്നാൽ ആരും തന്നെ വിളിച്ചില്ല ആരും കൂടെ കൊണ്ടുപോയില്ല യേശുവോ ഒലിവലയിലേക്ക് പോയി ഹാലൂയ്യ ഇന്ന് ഈ നട്ടുച്ച നേരത്ത് യേശു നോക്കി നിൽക്കുകയാണ് നിങ്ങൾ വന്ന് യേശുര കാര്യത്തിലൊന്ന് വീഴുമോ കർത്താവേ എന്റെ ദൈവമേ ഞാനൊരു ആവശ്യക്കാരനാണ് എന്റെ കർത്താവേ ഞാനൊരു ആവശ്യക്കാരിയാണ് എന്താണോ ഞാൻ നിന്റെ ആവശ്യം കർത്താവേ എനിക്കൊരു പരിശുദ്ധനാകണം ഹ ലല്ലോയ്യ യേശു ചോദിക്കുന്ന മോളെ നിന്റെ ആഗ്രഹം എന്താണ് കർത്താവേ എനിക്കൊരു ശുദ്ധിമതിയാകണം ഹ ലലോയ്യ സ്തോത്രം എന്റെ കർത്താവിന്റെ പര്യനാമം മുഹത്തുപോട്ടെ വേറൊരാൾ പറയുന്ന കർത്താവേ എനിക്ക് നിന്റെ മകനാകണം വേറൊരാൾ പറയുന്ന കർത്താവേ എനിക്ക് നിന്റെ മോളാകണം ഹലോഹ്യ വേറൊരാൾ പറയുന്ന കർത്താവേ ഞാൻ സാത്താനെ ഉപേക്ഷിക്കുന്നു ഞാൻ മിസ്ഹായി സ്വീകരിക്കുന്നു വേറൊരാൾ പറയുന്ന കർത്താവേ ഞാൻ സാത്താനോട് യാത്ര പറയുന്നു ഞാൻ ഇന്നും മുതൽ പുതിയ സൃഷ്ടി ഹ ലോഹ്യ നിങ്ങൾക്ക് പറയാം അവരവരുടെ ആവശ്യങ്ങൾ പറയാം കർത്താവേ ഇതുവരെ ജീവിച്ചതുപോലല്ല കർത്താവെ ഞാൻ ഇനി ജീവിക്കാൻ പോകുന്നത് വീട്ടിൽ മാതൃകയായിരിക്കും മക്കളുടെ മുമ്പിൽ മാതൃകയായിരിക്കും ഭാര്യയുടെ മുമ്പിൽ മാതൃകയായിരിക്കും എന്റെ ഭർത്താവിന്റെ മുമ്പിൽ മാതൃകയായിരിക്കും യേശുവെ ലോകത്തിന്റെ മുമ്പിൽ ഞാൻ ക്രിസ്തുവിന്റെ ചായയുള്ളവനായിരിക്കും ക്രിസ്തുവിന്റെ ചായയുള്ളവളായിരിക്കും യേശുവേ യേശുവിന്റെ സ്വഭാവം ഹേലോയ്യ എന്റെ യേശുവേ എനിക്കെല്ലാം എല്ലാം എല്ലാം വിട്ട് പറക്കണമല്ലോ ഒരു ദിവസം അന്ന് എന്റെ യേശു എന്റെ കയ്യിൽ പിടിച്ചിരിക്കണം ഹലോയ്യ എല്ലാം വിട്ട് പറക്കുന്ന അന്ന് എന്റെ യേശു എന്റെ കയ്യിൽ മുറുകെ പിടിച്ചിരിക്കണം കർത്താവെ ോഹ്യ നിങ്ങൾക്കിപ്പോഴെന്തെല്ലാം പറയാൻ തോന്നുന്നുണ്ട് ഓരോരുത്തരും പറഞ്ഞുകൊണ്ടിരിക്കുക ഓരോരുത്തരും രഹസ്യമായി യേശുനോട് പറഞ്ഞുകൊണ്ടിരിക്കുക എന്റെ യേശു നിൽക്കുന്നുണ്ട് ഹ ലോഹ്യ നല്ല പ്രായമായവരിൽ ആ ലോഹ്യ അടുത്ത വർഷം കൺവെൻഷൻ വരാൻ വെക്കുമോ അറിയുന്നു ഹ ലോഹിയ നല്ല രോഗമുള്ളവരിയ്ക്കുന്നുണ്ട് അടുത്ത വർഷം കൺവെൻഷൻ വരാൻ പറ്റുമോ ദൈവമൊന്നും അറിയുന്നു എന്റെ കർത്താവെ അല്ല എന്റെ ദൈവം ഇപ്പോൾ നല്ല പ്രായമൊക്കെയാണ് നല്ല ആരോഗ്യമുണ്ട് കർത്താവും നല്ല ഊർജ്ജസ്വതയുണ്ട് എന്നാൽ നാളെ ദിവസം എനിക്കുള്ളത് അല്ലല്ലോ അത് നീ തീരുമാനിക്കുന്നതല്ലേ കർത്താവെ എപ്പോൾ എപ്പോൾ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടാലും എന്റെ യേശു എന്നെ ആഗ്രഹിച്ച വേല എന്റെ യേശുവിന്റെ രണ്ടാമത്തെ വരവിന് ഒരു കൂട്ടം ജനത്തി ഒരുക്കുക വേല അത് നിവർത്തിച്ചിട്ട് വേണം എനിക്ക് അക്കാര് പറന്നു വരാൻ എന്റെ യേശു എന്നെ ആഗ്രഹിച്ച വേല അത് പൂർത്തീകരിക്കണം ഹ ലലു യശുവേ എനിക്ക് വേല പൂർത്തീകരിക്കണം അതിനു മുമ്പ് വിശുദ്ധിയെ പൂർത്തീകരിക്കണം വിശുദ്ധി ദഹിക്കണം വേല തേക്കണം ഹുയ്യ ഹ ലലുയ്യ ആരെല്ലാം ഇപ്പോൾ ദൈവത്തോട് പറഞ്ഞു നിങ്ങളുടെ ഹൃദയം എങ്ങനെയല്ല നിങ്ങൾ പകർന്നു ഹാലലുയ്യ ദൈവത്തിന്റെ സ്തോത്രം ദൈവമക്കളെ ഓരോരുത്തരും തീരുമാനിക്കൂ ഓരോരുത്തരും ദൈവത്തോട് വാക്ക് പറയൂ കർത്താവേ ഇതുവരെയുള്ള ജീവിതം പോലല്ല ഇനി മുതലുള്ള ജീവിതം അത് ദൈവത്തോടിനെ ഉറപ്പു കൊടുക്കൂ ആ കാര്യം നിങ്ങൾ പറയണം കർത്താവെ ഞാൻ തെളിയിക്കാൻ പോകുകയാണ് ഇനിയുള്ള എന്റെ ജീവിതത്തിന്റെ ഓരോ സെക്കൻഡും ഞാൻ ഈ തീരുമാനം അത് അനുഭവിക്കാൻ പോവുകയാണ് അത് ഞാൻ തെളിയിക്കാൻ പോവുകയാണ് ഞാനത് തെളിയിക്കുക തന്നെ ചെയ്യും ഞാൻ പുതിയ സൃഷ്ടിയായി നിൽക്കും ഞാൻ പുതിയ മനുഷ്യനായി നിൽക്കും ഹാലലു ഹാല ലുയ ഹാലൂയ അങ്ങനെ തീരുമാനമെടുക്കുന്നവരാരെല്ലാം ഉണ്ട് ഈ സമയം നിങ്ങൾക്ക് നഷ്ടപ്പെടുത്താതിരിക്കാമോ ഹാലലൂയ്യാ എന്റെ യേശു നിൽക്കുന്നു അവനെ കൂട്ടിക്കൊണ്ടു പോകാമോ അവനെ ചുമല്ലേറ്റിക്കൊണ്ടു പോകാമോ അവന്റെ കാര്യത്തിൽ പിടിച്ചുകൊണ്ട് പോകാമോ അവനോട് ചേർന്ന് നടക്കാമോ മരിച്ച കല്ലറയിലേക്ക് പോകുമ്പോൾ അവനെ ചുമന്നുകൊണ്ട് പോയി എന്നാൽ അവരിപ്പോൾ തിരിച്ചു വരുമ്പോൾ അവൻ നടന്നു പോരുന്നു യേശുവിന്റെ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 മരിച്ച ലാസർ നാല് ദിവസമായി കല്ലറയിൽ ചീഞ്ഞുകിടക്കുന്നു ഹാലുയ്യ എന്നാൽ ഇപ്പോൾ എഴുന്നേറ്റ് യേശുവിന്റെ കൂടെ ചെറുതെറുപ്പനായിട്ട് നല്ല ഊർജ്ജസ്വലതയോടെ നടക്കുന്നു ഹാലലു ദൈവത്തിന് സ്തോത്രം നല്ല ഊർജ്ജസ്വലതയോടെ നടക്കുന്നു യേശുന്റെ നടക്കുന്നു യേശുവിന്റെ പിറകൈ നടക്കുന്നു യേശുവിനോട് ചേർന്ന് നടക്കുന്നു ഹാലുയ്യ മരിച്ചു കിടന്നവൻ യേശുവിന്റെ കൂടെ നടക്കുന്നു ഈ അത്ഭുതം നടക്കണമോ ഈ അതിശയൂടെ നടക്കണമോ കർത്താവ് അത് ഞാനാണ് ഞാനർത്താവേ മരിച്ച ലാസ് എന്നെ നീ വിളിച്ചു ലാസറെ പുറത്തു എന്ന് പറഞ്ഞു എന്നെ നീ വിളിച്ചു ഞാനിതാ എഴുന്നേൽക്കുന്നു ഞാനിതാ വരുന്നു നിന്റെ കൂടെ വരുന്നു എന്റെ ദൈവമേ എന്റെ കുടുംബത്തിലുള്ളവരുടെ കൂടെ വരുന്നു എന്റെ കൂടെയുള്ളവരുടെ കൂടെ വരുന്നു ഞാനും ഇതാ നിന്ന് ചേർന്ന് വരുന്നു ഹാലലു ആരെല്ലാം തീരുമാനിച്ചു ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഇതല്ല സന്ദർഭത്തിനായി സ്ത്രോത്രം ഈ പ്രാവശ്യത്തെ കൺവെൻഷന്റെ ഒടുവിലത്തെ ബൈബൽ ക്ലാസിൽ എന്റെ യേശു കടന്നു വന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം തീരുമാനമെടുത്തവരെ എന്റെ അരുമനാഥന്റെ തിരക്തം പുരട്ടി വേർതിരിച്ചതിനായി സ്തോത്രം സത്യ തീരുമാനമെടുത്തവരുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതി ചേർത്തതിനായി സ്തോത്രം എണ്ണിയാൽ തീരാത്ത പാപങ്ങൾ വിശ്വസ്തരുടെ പാപങ്ങൾ അവിടെ രക്തത്താൽ കഴുകി ക്ഷമിച്ചു കൊടുത്തതിനായി സ്തോത്രം ജനത്തെ അനുഗ്രഹിച്ച് പറഞ്ഞുവിടണമേ തിരുനാമം വഹുത്വപ്പെടുത്തണമേ യേശുക്രിസ്തുവിന്റെ സ്നേഹം നിറഞ്ഞ നാമത്തിൽ തന്നെ ആമീൻ ഹലാലോയി